ആത്മസാക്ഷാത്കാരത്തിനുള്ള രാജമാർഗമാണ് വിചാരം വിചാര ചാരുലോചനം നല്ല തെളിഞ്ഞ കണ്ണുകൊണ്ട് സൂര്യനെ കാണണ പോലെ തെളിഞ്ഞ ബുദ്ധിയില് ആത്മതത്വം പ്രതിബിംബിക്കും ഭക്തികൊണ്ട് ചിത്തം ശുദ്ധമാവുമ്പോ തെളിഞ്ഞ ബുദ്ധിയില് ആത്മതത്വം പ്രകാശിക്കും എന്ന് ഭാഗവതത്തില് ഏകാദശസ്കന്ധത്തില് പിപ്പലായനൻ പറയുന്നുജനാഭജേഷേശനൂരുഭക്തേമലാധമേത് ഗുണകർമ്മജി തസ്മ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം അമലദൃശോ സവിതൃപ്രകാശ സവിതൃപ്രകാശം സൂര്യപ്രകാശം എങ്ങനെ തെളിഞ്ഞ കണ്ണുകൊണ്ട് കാണപ്പെടുന്നു അതുപോലെ ഭക്തചേതോമലി വിധമേത് ചിത്രത്തിലുള്ള മലം ശൈവസിദ്ധാന്തത്തില് കർമ്മമലം മായാമലം ആണവമലം എന്ന് മൂന്നു മലം പറയും കർമ്മമലം എന്താണ് അനുഭവിച്ചു തീർക്കാനുള്ള കർമ്മവാസനകൾ ആഗാമി സഞ്ചിതം പ്രാരബ്ദം മൂന്ന് വിധത്തിലുള്ള കർമ്മമലമാണ് ആത്മാവിനെ മറച്ചു കൊണ്ട് നിൽക്കുന്നത് സഞ്ജിതം എന്ന് വച്ചാൽ മൂന്ന് വിധത്തിലുള്ള കർമ്മം എങ്ങനെയെന്നു വെച്ചാല് അതിനൊരു ഉദാഹരണം പറയണത് തോക്കല് വെച്ച ബുള്ളറ്റ് പാക്കറ്റിലുള്ള ബുള്ള ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ബുള്ളറ്റ് പാക്കറ്റിലുള്ള ബുള്ളറ്റ് എടുക്കാതെ തന്നെ നശിപ്പിച്ച് കളയാം തോക്കല് വെച്ചിട്ടുള്ള ബുള്ളറ്റും എടുക്കാം പക്ഷെ വെടിവെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റില്ല അതുപോലെ ഈ കർമ്മവും മൂന്നു വിധത്തിലാണ് സഞ്ജിതം പാക്കറ്റിലുള്ളതാണ് ആഗാമി തോക്കല് വെച്ചിട്ടുള്ളതാണ് വെടിവെച്ച് കഴിഞ്ഞതാണ് പ്രാരബ്ധം ഈ മൂന്ന് വിധത്തിലുള്ള കർമ്മമുണ്ട് ഇതിൽ സഞ്ചിതവും ആഗാമിയും ഭക്തികൊണ്ട് തന്നെ അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് തന്നെ തെളിഞ്ഞു നീങ്ങിക്കിട്ടും ജ്ഞാനവിചാരം കൊണ്ട് തന്നെ സഞ്ചിതകർമ്മം കാരണശരീരം ഒഴിഞ്ഞു മാറും അതേപോലെ ആഗാമി കർമ്മവും ഒഴിയും ഈ ആഗാമി സഞ്ചീതവും ആഗാമി നമുക്ക് കാണാം ആഗാമി ഇങ്ങനെ കാണാമെന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹങ്ങളായിട്ട് കാമനകളായിട്ട് അർജസ് അത് ആഗാമിയാണ് അതെപ്പോ വേണമെങ്കിലും പുറത്തേക്ക് ചാടാം കർമ്മമായിട്ട് യു മേ എക്സിക്യൂട്ട് അത് അവിടെ വെച്ച് തന്നെ വിചാരം കൊണ്ട് ശമിപ്പിക്കാം മനസ്സാണ് സഞ്ചിതം ചിത്തമാണ് പ്രാരബ്ധം ശരീരമാണ് ശരീരത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല മനസ്സിനെയും ചിത്തത്തിനെയും വിചാരം കൊണ്ട് ധ്യാനം കൊണ്ട് പതുക്കെ ശമിപ്പിക്കാം പക്ഷെ പ്രാരബം എന്ന് പറയണത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ബുള്ളറ്റ് പോലെയാണ് എടുക്കാൻ പറ്റില്ല തിരിച്ചെടുക്കാൻ പറ്റില്ല ശരീരം എന്ന് പറയണത് ജനിച്ചു കഴിഞ്ഞാൽ ഇനി മരിക്കണവരെ കൊണ്ടു നടക്കണം അല്ലേ പ്രാരബ്ധം അതാണ് ശരീരമാണ് പ്രാരബ്ധം അത് ദീർഘസ്വപ്നം എന്നാണ് അതായത് ആ സ്വപ്നം ഒരു പിരീഡുണ്ട് ആ പിരീഡ് കഴിഞ്ഞവരെ ഈ സ്വപ്നം നിലനിൽക്കും മൂന്നും സ്വപ്നമാണ് ത്രീൻ സ്വപ്നാൻ ധുനുതേ മുനിന്നാണ് മൂന്നും സ്വപ്നമാണ് പക്ഷെ പ്രാരബ്ധത്തിന് എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ സ്വപ്നമാണെന്ന് അറിഞ്ഞാ മതി ശരീരം ത്തോടുകൂടെ ഉള്ള ഈ ജീവിതം സ്വപ്നമാണെന്ന് അറിഞ്ഞാ മതി അറിഞ്ഞാൽ പിന്നെ അത് ബാധിക്കില്ലാന്നാണ് ആ അറിവുണ്ടായാൽ ബാധിക്കില്ല അപ്പിരിക്കട്ടെ അപ്പൊ കർമ്മമലം കർമ്മത്തിന്റെ വാസന ഈ മൂന്ന് തലത്തിൽ നിൽക്കണു ആഗാമി സഞ്ചിതം പ്രാരബ്ധം നിഷ്കാമ്യമായി കർമാനുഷ്ഠാനം ചെയ്യുന്നതുകൊണ്ട് ആഗാമിയും സഞ്ചിതവും ഒഴിഞ്ഞു പോകും കർമ്മഫലത്തിനെ നീക്കാനുള്ള വഴി അതാണ് നിഷ്കാമ്യ കർമ്മം ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർബൂഹു മാതേ സങ്കോസ്തു അകർമ്മണി ഫലേച്ഛ ഇല്ലാതെ കർത്തൃത്വം ഇല്ലാതെ ഭഗവാന് ശരണാഗതി ചെയ്യുന്ന ഭാവത്തോടു കൂടെ നമുക്ക് എതിർച്ചയാ വീണുകിട്ടിയിരിക്കുന്ന കർമ്മം ഒക്കെ ഓരോ വാക്കു ഓർമ്മ വെച്ചോളും പുതിയതായിട്ട് കർമ്മം ചെയ്തിട്ട് സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞ് എടുത്തു തലയിൽ ഇട്ടിട്ട് നിഷ്കാമ്യമായി ചെയ്യാനല്ല നമുക്കായിട്ട് അത് വരട്ടെ ഇഫ് ഇറ്റ് ഇസ് ഗവൺ ടു യു ടു ഡു ഇറ്റ് യു ഡു ഇറ്റ് അത്രയേ ഉള്ളൂ അങ്ങനെ നിഷ്കാമ്യമായി ചെയ്ത് കർമ്മം ഒഴിഞ്ഞു പോണം അപ്പൊ കർമ്മമലം ഇങ്ങനെ നീങ്ങിക്കിട്ടും ആഗാമിയും സഞ്ചിതവും പ്രാരബമോ പ്രാരബ്ധം ജ്ഞാനം കൊണ്ട് നീങ്ങും വിട്ടുകഴിഞ്ഞ് അമ്പിനെ എങ്ങനെ എടുത്ത് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അമ്പിനെ തിരിച്ചെടുക്കണ്ട അമ്പ് എവിടെ ചെന്ന് തറയ്ക്കുവോ ആ തറയ്ക്കണ ഗോൾ അവിടെ എടുത്തു മാറ്റിയാൽ അമ്പ് ഏതിൽ ചെന്ന് തറയ്ക്കും ബുള്ളറ്റിനെ തിരിച്ചെടുക്കണ്ട ആ ബുള്ളറ്റ് എവിടെയാണോ ഉദ്ദേശിച്ചത് ആ ലക്ഷ്യം അവിടുന്ന് എടുത്തു മാറ്റിയാൽ ബുള്ളറ്റ് ഏതിൽ ചെന്നും തറയ്ക്കും അതുപോലെ അഹങ്കാരം ഉണ്ടെങ്കിലേ പ്രാരബവും ആഗാമിയുമുള്ളൂ സഞ്ചിതമുള്ളൂ പ്രാരബ്ധമുള്ളു എല്ലാ വാസനകളും അഹങ്കാരം ആകുന്ന ഒരു കുറ്റിയിലാണ് കിട്ടിയിരിക്കണത് ആ അഹങ്കാരം എടുത്തു കളഞ്ഞാൽ പിന്നെ ശരീരത്തിന് എന്ത് വന്നാലും എനിക്ക് വരണൂന്നുള്ള ഭാവവും ഉണ്ടാവില്ലേ അപ്പൊ പ്രാരബ്ദവും അവസാനിച്ചു ആഗാമിയും അവസാനിച്ചു സഞ്ചിതവും അവസാനിച്ചു അപ്പൊ കർമ്മമലത്തിനെ നിശേഷം നീക്കാനുള്ള വഴി ആണ് ജ്ഞാനം പക്ഷേ ആദ്യം കർമ്മമലം മുഴുവൻ നീങ്ങില്ല ആഗാമിയും സഞ്ചിതവും മാത്രമേ ഏകദേശം നീങ്ങിക്കിട്ടുള്ളൂ പ്രാരബം അങ്ങനെ തന്നെ വേദനിപ്പിച്ചുകൊണ്ട് നിൽക്കും വേദനിപ്പിച്ചുകൊണ്ട് നിൽക്കും അപ്പത്തന്നെ കർമ്മമല നീങ്ങി പിന്നെ മായാമലം മായാമലം എന്താണ് കാമം ക്രോധം അഭിമാനം വേണ്ടാത്ത ആചാരങ്ങളോടുള്ള ബന്ധത പല വിധത്തിലുള്ള വിഷയവാസനകള് ശരീരാഭിമാനം വെറുപ്പ് ഇതൊക്കെ മായാമലം മനസ്സിനെ സംബന്ധിച്ചുള്ളതാണ് ഈ മായാമലവും ഭക്തി കൊണ്ട് ജ്ഞാനം കൊണ്ട് വിചാരം കൊണ്ട് പതുക്കെ നീങ്ങിക്കിട്ടും കർമ്മമലവും മായാമലവും ഇനി വളരെ സൂക്ഷ്മമായിട്ടുള്ളതാണ് അടുത്തത് അത് കാരണ ഒളിഞ്ഞു കിടക്കുന്നു ആണവമലം എന്നാണ് ആണവം എന്ന് അഹങ്കാരം കർത്തൃത്വം ോക്തൃത്വം രൂപത്തിലുള്ളത് ആണവമലം ഈ ആണവമലം ഭഗവാന്റെ കൃപ കൊണ്ടേ നീങ്ങുള്ളൂ എന്ന് ശൈവസിദ്ധാന്തം ഭഗവാന്റെ കൃപ എന്ന് വെച്ചാൽ എന്താ ആത്മസാക്ഷാത്കാരം എന്നർത്ഥം ആത്മജ്ഞാനം എന്നർത്ഥം ആ ജ്ഞാനം പ്രകാശിക്കുമ്പോ ഈ അഹങ്കാരമാവുന്ന മലവും അവിടുന്ന് നീങ്ങും അത് നീങ്ങുമ്പോ പ്രാരബ്ധ കർമ്മവും ഒഴിഞ്ഞു പോകും ആത്മസാക്ഷാത്കാരവും ഉണ്ടാകുമ്പോൾ പ്രാരബ്ധകർമ്മവും ഒഴിഞ്ഞു പോകും ആഗാമിയും സഞ്ചീതും ഒക്കെ അസ്തമിച്ചു അപ്പോ ഇങ്ങനെ ഭക്തികൊണ്ട് ഉള്ളിലുള്ള മലം നീങ്ങുമ്പോ നിർമ്മലമാവുമ്പോ ചിത്തം ചേത്തോമലാനി വിധമേത് ഗുണകർമ്മജാനി തസ്മിൻ വിശുദ്ധ ചിത്തം വിശുദ്ധമാവുമ്പോ ഉപലഭ്യത ആത്മതത്വം ആത്മതത്വം തെളിഞ്ഞു പ്രകാശിക്കുന്നു എങ്ങനെ അമല ദൃശോഹോ സവിതൃപ്രകാശ നല്ല അമലദൃക് തെളിഞ്ഞ ദൃഷ്ടിയുള്ള ആൾക്ക് സൂര്യൻ കാണപ്പെടുന്ന പോലെ ഉള്ളില് അന്തർദൃഷ്ടി തെളിയുമ്പോ ആത്മാവ് സൂര്യ തുല്യം ഹൃദയത്തില് പ്രകാശിക്കണു ഈ ആത്മദർശനത്തിന് മൂന്ന് തടസ്സങ്ങൾ പറഞ്ഞുവല്ലോ അതിൽ ഒരു തടസ്സമാണ് ഈ മായാമലം മായാമലം എന്താണ് ദേഹത്തിന്റെ സ്വഭാവങ്ങളെയൊക്കെ ആത്മാവിൽ ആരോപിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ദൂഷ്യമാണ് മായാമലം ദേഹത്തിന്റെ സ്വഭാവം വ്യവഹാര ലോകത്തിലുള്ളപ്പോൾ അതൊക്കെ നമ്മൾ പിടികൂടുക തന്നെ ചെയ്യും പക്ഷെ ആത്മസാക്ഷാത്കാരം വേണമെങ്കിൽ പതുക്കെ ദേഹസ്വഭാവങ്ങളെയൊക്കെ അധ്യാസ നിരാകരണം വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ ഇതിനെ വിസ്തരിച്ചു പറയുന്നു ശരീരത്തിന്റെ ഗുണങ്ങളെ ഒന്നും എന്നിൽ ആരോപിക്കരുത് ഞാൻ ദേഹമല്ല ദേഹത്തിന്റെ ഗുണങ്ങളെ പതുക്കെ നീക്കും തോറും ആത്മാ തെളിഞ്ഞു പ്രകാശിക്കും അതാണ് വേദാന്ത സമ്പ്രദായം ഞാൻ അല്ലാത്തതിനെയൊക്കെ ഉപേക്ഷിച്ചാൽ ഞാൻ തനിയെ പ്രകാശിക്കും ഞാനിനെ കണ്ടെത്തണമെങ്കിൽ ഞാൻ അല്ലാത്തതിനെയൊക്കെ മാറ്റണം ഞാൻ അല്ലാത്തത് ആദ്യമായിട്ടെന്താ ദേഹം ദേഹത്തിന് ദേഹം ഞാൻ അല്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ദേഹം അല്ലാത്തമാതിരി യു ഹാവ് ടു ആക്ട് ദേഹം അല്ലാത്തമാതിരി പെരുമാറണം എന്നാണ് എങ്ങനെയാ ശരീരത്തിന്റെ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങൾ എന്നിൽ സ്പർശിക്കണില്ല എന്നുള്ള ഭാവം ഉള്ളിൽ പതുക്കെ പതുക്കെ പതുക്കെ കൊണ്ടുവന്നോളണം വ്യവഹാരത്തിന് ചിലതൊക്കെ വേണമെങ്കിലും അതിരുകിടന്നു പോകരുത് കുളിക്കണം പക്ഷേ കുളിച്ചത് കൊണ്ട് ശരീരം വളരെ ശുദ്ധമായി എന്ന് ധരിക്കരുത് അത് അശുദ്ധമാണെന്ന് അതിന്റെ സ്വഭാവം അശുദ്ധമാണ് ഒരു ഭക്തൻ പാടി കുളിക്കുന്നതിന്റെ പ്രയോജനം എന്താണ് എന്ന് വെച്ചാൽ കുളിച്ച് കുളിച്ച് കുളിച്ച് അവസാനം മനസ്സിലാവും ഈ ശരീരം ശുദ്ധ എന്ന് മനസ്സിലാവും എന്നിട്ടാ കുളിക്കേണ്ടതാണോ കുളിക്കണം പക്ഷെ മനസ്സിലാക്കിക്കൊള്ളാ ഈ ശരീരത്തിനെ അങ്ങനെ പരിശുദ്ധമാക്കാനൊന്നും സാധ്യമല്ല ഉം രമണാശ്രമത്തിലൊരു മുത്തശ്ശി വളരെ ആചാരമാണ് ആരെങ്കിലും ഒക്കെ തൊട്ടാൽ പോയി കുളിച്ചിട്ട് വരും മഹർഷിയുള്ളപ്പോ അവര് ഞാന വേദാന്ത വിചാരവും ചെയ്യുന്നുണ്ട് യോഗാഭ്യാസ ഇഷ്ടം ഇതൊക്കെ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട് എങ്കിലും ഈ അഭിമാനം നീക്കാൻ പറ്റുന്നില്ല ശരീരത്തിനെ ശുദ്ധമായിട്ട് വെക്കണം ഇപ്പൊ കാറ് ശുദ്ധമായിട്ട് വെക്ക തുടച്ച് വൃത്തിയാക്കുന്നു കാറിൽ പെട്രോൾ ഒഴിക്കുന്നു ഓയിൽ ഇടുന്നു എല്ലാം ശരിയാക്കുന്നു പക്ഷെ എപ്പ നോക്കിയാലും കാറിനെ വിചാരിച്ചു കൊണ്ടിരുന്നാലോ വ്യവഹാരം ഓടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഒക്കെ ചെയ്യുന്നു പക്ഷെ എപ്പോഴും ഈ കാറിനെ എന്റെ കാറാണ് എന്റെ കാരുടെ അവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലോ അതുപോലെ ഈ ശരീരത്തിനെ ശുദ്ധമാക്കി വെച്ചാൽ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ശരീരത്തിനേ ചിന്തിച്ചുകൊണ്ടിരിക്കുക അവരുടെ ആ ഒരു കുഴപ്പം നീക്കാൻ വേണ്ടി ഒരിക്കലും ഒരു സന്ദർഭം ഉണ്ടായി കടുകുമാങ്ങ വെച്ചെന്താ കടകുമാങ്ങ ഭരണിയിലിട്ട് വെച്ചു അടുക്കളയിലുള്ളവർ ആരോ കൈയിട്ടെടുത്തു രണ്ടു ദിവസത്തില് ആ ഭരണിയിലുള്ള മാങ്ങ കേടുവന്നു പോയി അപ്പൊ ഇവരെ വിളിച്ചിട്ട് മഹർഷി രമണ മഹർഷി ഇവരെ വിളിച്ചു പറഞ്ഞു ഒരു വർഷം നിക്കാണത്തിനാല തൊട്ടപ്പോ ഒരു വർഷം നിക്കവിയ മാങ്ക പെണത്തിനാലെ തൊട്ടപ്പോ അപ്പൊ കേടുവന് ഒരു വർഷം നിൽക്കണ്ട ഈ വാങ്ങാ ഈ പെണം പെണം എന്ന് വെച്ചാൽ ശവം ജഡം ഈ ശവം ശരീരത്തിനെ വിശേഷിപ്പിച്ചത് ഈ ശവം കൊണ്ട് തൊട്ടപ്പോ ഒരു വർഷം നിൽക്കേണ്ടത് കേടുവന്നു പോയി അപ്പോ ഇതിനെത്ര കണ്ട് ശുദ്ധിയുണ്ട് ഇതിന്റെ സമ്പർക്കം ഏൽക്കുമ്പോ ഒരു വർഷം നിക്കേണ്ടത് ഇത്ര പെട്ടെന്ന് കേടുവന്നു വെച്ചാൽ ഈ ശവം ശവത്തിന്റെ സ്വഭാവം ഉം ഇത് ഇങ്ങനെയാണ് ഈ ശരീരം ഇത് ചൈതന്യം പോലെ നടക്കണു പക്ഷെ ഇത് ശവമാണ് ഓരോ ക്ഷണവും അഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ടാണ് അതിന് ശരീരം എന്ന് പേര് തന്നെ ശീര്യത്തെ ഇതി ശരീരം അവസാനം തീയി വെച്ച് എരിച്ചുകളയാൻ പോകുന്നു ദഹിപ്പിക്കാൻ പോണു ദഹ്യത്തെ ഇതി ദേഹ ദഹിപ്പിച്ചു കളയുന്നത് കൊണ്ടാണ് ദേഹം എന്നു പേര് ഓരോ ക്ഷണത്തിലും കേടുവന്നുകൊണ്ടേയിരിക്കുന്നത് ശരീരം എന്നു പേര് അപ്പൊ ഈ ശരീരത്തിനോടുള്ള പറ്റ് ആസക്തി അത് പതുക്കെ അറിവ് കൊണ്ട് നീക്കുക എന്നാണ് കൊണ്ട് നീക്കുക അതിന് ആഹാരം കൊടുക്കണം കുളിക്കണം സമയത്തിന് വേണ്ടതൊക്കെ ചെയ്യണം പക്ഷെ മനസ്സ് അതിലേക്ക് വീഴാത്ത വിധത്തിൽ അതിനെ വെച്ചു കൊണ്ടിരിക്കുക അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോളാം എന്നാണ് അതിനു പറഞ്ഞു ഇപ്പോ ദേഹം ഞാനല്ല എന്ന് പറഞ്ഞ് ദേഹത്തിന് കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ആഹാരം കൊടുക്കാതെയും വസ്ത്രം കൊടുക്കാതെയുമൊക്കെ നടക്കുകയാണെങ്കിൽ ഭഗവാൻ ഗീതയിലു പറയുന്നത് എന്നെ അവരുപദ്രവിക്കുന്നു എന്നാണ് ഈ ദേഹത്തിനകത്തുള്ള ഈ ജീവനെ ഉപദ്രവിക്കുകയാണ് ഇപ്പൊ ദേഹം നമുക്ക് വൈരാഗ്യം വരാൻ വേണ്ടി ദേഹത്തിനെ നിന്ദിച്ചാൽ പോലും വേറെ ഒരു വിധത്തിൽ നോക്കിയാൽ അത് അമ്പലമാണ് ഉള്ളം പെരുങ്കോയിൽ ഊനുടമ്പ് ആലയം ശരീരം കോവിൽ എന്നാ കോവിലേ പാത്തിണ്ടിരിക്കപ്പെടാതെ സാമ്യത പാകണം ശരീരം അമ്പലമാണെങ്കിൽ അമ്പലത്തിനെ മാത്രം നോക്കിയാൽ പോരാ ഉള്ളിലുള്ള ദേവതയാണ് അല്ലെ അപ്പൊ അതുപോലെ ഈ ദേഹം അപ്പൊ അതൊക്കെ ദേഹത്തിനെ കടന്ന് ദേഹിയെ നമ്മളുടെ സ്വരൂപത്തിനെ കണ്ടെത്താനുള്ള വഴി നോക്കണം അപ്പൊ അതിന് തടസ്സമാണ് ജാതി വർണ്ണം ആശ്രമം അതൊക്കെ പഴയ കാലത്ത് ഏർപ്പാട് ഇപ്പൊ അതൊക്കെ പോയി പോയിരിക്കണം ഞാൻ ഡോക്ടറാണ് എഞ്ചിനീയറാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് ഞാൻ പഠിച്ച ആളാണ് അറിവുള്ള ആളാണ് ഇതൊക്കെ ദേഹത്തിനെ സംബന്ധിച്ചാണല്ലോ എനിക്ക് സൗന്ദര്യമുണ്ട് ഞാൻ വലിയ ബിസിനസ് ചെയ്യുന്നു ഒക്കെ ഇതൊക്കെ ആരുടെ വിശേഷണമാ ഓക്കെ ദേഹത്തിൻ്റെ വിശേഷമാണ് ഒന്നും ദേഹിയുടെ അല്ല ശങ്കരാചാര്യരുടെ കാലത്ത് ജാതിയാണെങ്കിൽ ഇപ്പൊ ജാതി കുറച്ചൊക്കെ പോയി ഏകദേശം പോയിരിക്കുന്നു അല്പം സ്വല്പമേ ഇപ്പം ഇതും കുറച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ഇതൊക്കെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പക്ഷെ ഓരോരു കാലത്ത് ഓരോ അധ്യാസം നമ്മളെ പിടികൂടും അധ്യാസം എന്ന് വെച്ചാൽ എന്താ സൊസൈറ്റിയിൽ ജീവിക്കാൻ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചില നിയമം ഉണ്ടാക്കി വെച്ചിട്ട് അവസാന ആ നിയമം നമ്മളുടെ തലയിൽ കയറി വെക്കാം ജീവിക്കണമെങ്കിൽ ലോകത്തിൽ ഭേദമില്ലാതെ ജീവിക്കാൻ പറ്റില്ല നല്ലവണ്ണം അംഗീകരിച്ച അറിഞ്ഞോളും എന്തെങ്കിലുമൊക്കെ ഭേദത്തോടു കൂടിയേ സമൂഹത്തിൽ ജീവിക്കാനൊക്കെ ഉള്ളു പക്ഷെ ആ ഭേദം ഇറ്റ് ഷുഡ് നോട്ട് എന്റർ ദ സൈക്കോളോജിക്കൽ പ്ലെയിൻ ലോകത്തിലുള്ളത് ഉള്ളിലേക്ക് കിടക്കരുത് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ എന്താവും നമ്മളുടെ സ്വരൂപത്തിനെ അത് മറച്ചു കളയുന്നു ശാന്തിയെ മറച്ചു കളയുന്നു ജ്ഞാനത്തിനെ മറച്ചു കളയുന്നു അതാണിപ്പോ ഇന്നലെ നമ്മൾ കണ്ടു ചണ്ടാളൻ മുമ്പിൽ വരുമ്പോ നീങ്ങിപ്പോകൂ അപസര മാർഗ അപസര മാർഗാതപസരം അപ്പൊ ചണ്ടാളൻ ചോദിക്കുകയാണ് ആരാണോ മാർഗത്തിൽ നിന്ന് നീങ്ങേണ്ടത് അന്നമയമേവ അന്നമയാത് അഥവാ ചൈതന്യമേവ ചൈതന്യാത് അന്നമയമായ ശരീരം മാറണോ അഥവാ ചൈതന്യം മാറണോ അന്നമയമാണെങ്കിൽ എല്ലാവരുടെ ശരീരവും അന്നമയമാണ് മാംസപിണ്ഡം ചൈതന്യമാണെങ്കിലോ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമാണ് അതിനും മാറാനൊക്കില്ല ഇതിനും മാറാനൊക്കില്ല ജടത്തിന് സ്വയമേവ മാറാനൊക്കില്ല ഇതൊരു പ്രാകൃതമായ ഒരു ചോദ്യം പോലെ തോന്നുന്നു അടുത്ത ചോദ്യം സുവ്യക്തമാണ് കിം ഗംഗാബുനി ബിംബിതേ അംബരമണൌ ചാളവാപീ പയ പൂരെ ചരമസ്തി കാഞ്ചനഘടീ മൃത്ഡയോർവാംബരേ പ്രത്യവസ്തുനിരംഗസാനാവബോധംബുദോ വിപ്രോയം ശപചോയോയേദഭ്രമ ഗംഗാ അമ്പരമണൗ ഇത് വളരെയധികം ആഴമായ വേദാന്തമാണ് ഈ ശ്ലോകം കിം ഗംഗാമ്പുനി ബിംബിതേ അമ്പരമണോ അമ്പരമണി എന്ന് വെച്ചാൽ സൂര്യൻ സൂര്യൻ ആകാശത്തില് ജ്വലിക്കുമ്പോ നമ്മളുടെ കുളത്തില് പോയി നോക്കിയാൽ കുളത്തിലെ വെള്ളത്തിൽ സൂര്യൻ പ്രതിബിംബിച്ച് കാണും നമ്മളുടെ വീട്ടിന് പുറകിലുള്ള കെനറ്റില് പോയി നോക്കിയാൽ കെനറ്റിലെ വെള്ളത്തിൽ സൂര്യൻ പ്രതിബിംബിച്ച് കാണും ില് നോക്കിയാൽ വാട്ടർ ടാങ്കിൽ സൂര്യൻ പ്രതിബിംബിച്ച് കാണും തൊട്ടി പുറകെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ തൊട്ടിയിൽ നോക്കിയാൽ തൊട്ടിയിലും സൂര്യൻ പ്രതിബിംബിച്ച് കാണും കുളത്തിലെ സൂര്യൻ പച്ച നിറത്തിലുണ്ടാവും കെനറ്റിലെ സൂര്യൻ ചിലപ്പോൾ വേറെ നല്ല നിറത്തിലുണ്ടാവും ഓരോന്നും ഓരോ പോലെ ചെറിയ ഒരു തൊട്ടിയിലാണെങ്കിൽ സൂര്യൻ ഇതേപോലെ ഇവിടെ ചണ്ടാളൻ ചോദിക്കുകയാണ് ഇത് പ്രതിബിംബവാദം ഇത് വളരെ നമുക്ക് ആത്മതത്വം തെളിയിച്ചെടുക്കാൻ വേണ്ടി ചില ഉദാഹരണങ്ങളൊക്കെ ഋഷികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൽ ഒരു ഉദാഹരണമാണ് ഈ ഉദാഹരണം മനസ്സിലാക്കിയാൽ തന്നെ ഒരുപാട് നമുക്ക് തത്വം തെളിയും അർക്കബിംബം വിഹായ സർവം വിനിരീക്ഷദേഹി അർക്ക വിവേക ഈ ഉദാഹരണം സ്വീകരിക്കുന്നുണ്ട് ഒരു പത്ത് കൊടം വെള്ളം സൂര്യന്റെ മുമ്പിൽ വെച്ചാൽ പത്തു കുടത്തിലും സൂര്യൻ പ്രതിബിംബിച്ച് കാണും അതേപോലെ ജീവൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ ജീവൻ വെറും പ്രതിബിംബമാണ് ബ്രഹ്മത്തിന്റെ പ്രതിബിംബമാണ് ജീവൻ ഓരോ ശരീരത്തിലും ഓരോ ശരീരവും ഓരോ കുടം ആ ഓരോ ശരീരമാവുന്ന കുടത്തിലുമുള്ള വെള്ളമാണ് ചിത്തം സൂക്ഷ്മ ശരീരം ആ ചിത്തമാവുന്ന സൂക്ഷ്മ ശരീരത്തില് പ്രതിബിംബിക്കുന്ന ബ്രഹ്മത്തിന്റെ റിഫ്ലക്ഷൻ പ്രതിബിംബമാണ് ഞാൻ ഞാൻ ഞാൻ എന്ന ഓരോ ശരീരത്തിലുള്ള ജീവൻ ചിത്തഗത ചി പ്രതിബിംബലക്ഷണോ ജീവ ജീവൻ ഓരോ ചിത്തത്തിലും ഉള്ള ബ്രഹ്മത്തിന്റെ റിഫ്ലക്ഷൻ ആണ് ഒരു കുടത്തിലെ വെള്ളം പച്ച സൂര്യൻ പച്ച നിറം നീല അതേപോലെ ഒരു ശരീരം ചണ്ടാളന്റെ ശരീരമാണെങ്കിൽ ആ ശരീരത്തിലെ മനസ്സില് പ്രാകൃതമായ അറിവും പ്രാകൃതമായ വികാരങ്ങളും കാമം ക്രോധം അല്ലെങ്കിൽ അശുദ്ധി ഇതൊക്കെ ആണെങ്കിൽ അതൊക്കെ ചളിപിടിച്ച വെള്ളം പോലെ അതിൽ പ്രതിബിംബിക്കുന്ന സൂര്യനും ചളിപിടിച്ച പോലെ ഉണ്ടാകും മറ്റൊരു ശരീരം ബ്രാഹ്മണ ശരീരം അതിലെ ചിത്തത്തിലെ വെള്ളം ആ ശരീരത്തിലെ വെള്ളം അതായത് ചിത്തം ആ ചിത്തം ബ്രാഹ്മണന്റെ ചിത്രത്തിനനുസരിച്ച് സംസ്കാരം ഉള്ളതും പഠിപ്പുള്ളതും ശുദ്ധമായിട്ടുള്ളതും ആചാരമായിട്ടുള്ളതും ഒക്കെ ആണെങ്കിൽ അതിൽ പ്രതിബിംബിക്കുന്ന സൂര്യനും അങ്ങനെ ഉണ്ടാവും മനസിലായോ അതായത് ഓരോ ശരീരത്തിലും ഉള്ള പ്രതിബിംബം ഈ അഹങ്കാരം പ്രതിബിംബം എന്ന് വെച്ചാൽ അഹങ്കാരമാണ് ഇൻഡിവിജ്വൽ ഈഗോ വ്യക്തിബോധം ആ വ്യക്തിബോധം അതാത് ശരീരത്തിനുള്ള ചിത്തത്തിനെ ഞാൻ എന്ന് അഭിമാനിച്ചുകൊണ്ട് നിൽക്കും ഒരു കുട ഓരോ കുടത്തിലെയും സൂര്യൻ പച്ചക്കളർ വെള്ളമുള്ള കുടത്തിലെ സൂര്യൻ പറയണു ഞാൻ പച്ച നിറമാണ് നീല നിറത്തിലുള്ള വെള്ളത്തിലെ സൂര്യൻ പറയണു ഞാൻ നീലനിറമാണ് ഒരു കുടത്തിലെ വെള്ളം ചളിപിടിച്ച വെള്ളമാണെങ്കിൽ ആ സൂര്യൻ പറയണു അയ്യേ ഞാൻ ചളി പിടിച്ച വെള്ളം ഒരു കുടത്തിൽ ഗംഗാജലമാണെങ്കിൽ ആ ഗംഗാജലത്തിലുള്ള പ്രതിബിംബം ചളിപിടിച്ച വെള്ളത്തിനോട് പറയണു നീ അടുത്ത് വരരുത് ഓരോ കുടത്തിലും ഉള്ള വെള്ളം അതിലുള്ള പ്രതിബിംബം ആ പ്രതിബിംബം അതാത് കുടത്തിലെ വെള്ളവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നു പക്ഷെ വാസ്തവത്തിൽ യഥാർത്ഥ സൂര്യനെ ഇതിലേതെങ്കിലും ബാധിച്ചിട്ടുണ്ടോ ഉം യഥാർത്ഥ ആകാശത്തിലുള്ള സൂര്യനെ ചളിപിടിച്ച വെള്ളവും സ്പർശിക്കണില്ല ശുദ്ധമായ വെള്ളവും സ്പർശിക്കണില്ല നീല കളറിനുള്ള വെള്ളവും സ്പർശിക്കണില്ല പച്ച കളറിനുള്ള വെള്ളവും സ്പർശിക്കണില്ല യാതൊന്നും യഥാർത്ഥ സൂര്യനെ സ്പർശിക്കണില്ല പക്ഷെ പ്രതിബിംബ സൂര്യനെ മാത്രം നോക്കിക്കൊണ്ട് നിന്നാൽ അതിലെ ഗുണങ്ങളൊക്കെ അതിൽ കാണും പ്രതിബിംബ സൂര്യനെ വിട്ടിട്ട് ആകാശത്തിലേക്ക് നോക്കിയാലോ ഒന്നും ബാധിക്കണില്ല അല്ലേ അതേപോലെ നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഈ ഇൻഡിവിജ്വലൈസ്ഡ് ഈഗോ ഈ വ്യക്തിബോധത്തിനെ മാത്രം നോക്കിക്കൊണ്ട് നിന്നാൽ ശരീരത്തിന്റെ എല്ലാ ഗുണങ്ങളും എന്നെ ബാധിക്കും പക്ഷെ ഈ വ്യക്തി അഹങ്കാരത്തിനെ വിട്ട് യഥാർത്ഥ സ്വരൂപത്തിലേക്ക് പോയാൽ അതെങ്ങനെ പോകും ആകാശത്തിലെ സൂര്യനെ നോക്കുന്ന പോലെ ഈ വ്യക്തി അഹങ്കാരം ഈ ലോവർ സെൽഫ് അതിനെ വിട്ട് ഇഫ് യു മൂവ് ടുവേഡ്സ് ദ ഹയ്യർ സെൽഫ് ഈ ശരീരത്തിന്റെയോ ചിത്തത്തിന്റെയോ ഗുണമോ ദോഷമോ ഒന്നും നമ്മളെ ബാധിക്കണില്ല ഈ ഇനി ഈ വെള്ളത്തിനെ ശുദ്ധം ചെയ്തിട്ട് പ്രതിബിംബത്തിനെ ശുദ്ധമൊന്നും ചെയ്യണ്ട വേണോ നോക്കണം ചളി പിടിച്ച വെള്ളത്തിലുള്ള സൂര്യൻ പറയുകയാണെ ഒന്ന് ശുദ്ധമാക്കൂ എന്ന് പറയാം അപ്പൊ നമ്മൾ ആ വെള്ളത്തിനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിസ്റ്റിലേഷൻ ആ വെള്ളത്തിനെ ശുദ്ധമാക്കിയത് യഥാർത്ഥ സൂര്യൻ ശുദ്ധമാവുന്നുണ്ടോ വെറുതെ തോന്നും അത്രയേ ഉള്ളൂ ശുദ്ധമായ പോലെ അല്ലേ അപ്പൊ യഥാർത്ഥത്തിൽ വേണ്ടത് എന്താ ആ വെള്ളത്തിലുള്ള സൂര്യൻ വാസ്തവമല്ല എന്ന് അറിഞ്ഞ് ആകാശത്തിലേക്ക് നോക്കണം അപ്പോ ഉജ്ജ്വലമായി പരിശുദ്ധമായി സൂര്യൻ പ്രകാശിച്ചുകൊണ്ട് നിൽക്കണം അതുപോലെ നമ്മളെ പരിശുദ്ധമാക്കുക എന്നുള്ളത് ഉള്ള ജോലിയല്ല വേദാന്തികൾ പറയുന്നത് ഇപ്പൊ ഈ അഹങ്കാരവും ഞാനല്ല ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതൊന്നും ഞാനല്ല മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം ന്രോത്രജിഹേന ച ഘ്രാണനേത്രേന ച്യോമഭൂമിർന്നേജോനവായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഈ ശരീരമോ ഈ ചിത്തമോ ചിത്തത്തിൽ പ്രതിബിംബിക്കുന്ന ഈ കൊച്ചു ജീവനോ ഞാനല്ല അപ്പൊ ഈ ജീവനെ പതുക്കെ എടുത്തു മാറ്റുമെന്നും വേണ്ട ഈ ജീവനെ ഒരു സാധന കൊണ്ടും മാറ്റിമറിക്കോന്നും വേണ്ട ഈ ജീവൻ കള്ളമാണ് ശുദ്ധമേ അബദ്ധമാണെന്ന് അറിഞ്ഞ് ഈ ജീവനെ മാറ്റി ഉള്ള വസ്തു അതിനു പുറകില് ഇപ്പൊ തന്നെ പരിപൂർണമായി പ്രകാശിച്ചുകൊണ്ടിരിക്കും അതിനുള്ള ഒരു മാർഗമാണ് ആത്മവിചാരം ഈ ജീവൻ എന്താണ് എന്ന് വിചാര ചെയ്തു നോക്കുമ്പോ ഇവിടെ ജീവനേ ഇല്ല അഖണ്ഡബോധസ്വരൂപമായി സൂര്യതുല്യം ഒരു സത്യം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ആ സത്യം മാത്രമേ ഉള്ളൂ ആ സത്യത്തിൽ ഞാനൊരു പ്രത്യേക ജീവനായിട്ടും ആ ജീവൻ ഈ ശരീരത്തിൽ കുടുങ്ങിയിരിക്കുന്നതായിട്ടും ബ്രാഹ്മണനായിട്ടും ക്ഷത്രിയനായിട്ടും വൈശ്യനായിട്ടും ശൂദ്രനായിട്ടും സ്ത്രീയായിട്ടും പുരുഷനായിട്ടും പഠിച്ചവനായിട്ടും പഠിക്കാത്തവനായിട്ടും അറിവുള്ളവനായിട്ടും അറിവില്ലാത്തവനായിട്ടും അനേക വിധത്തിലുള്ള ഈ വികൽപ്പങ്ങളെ അംഗീകരിച്ചാൽ You are imposing non-existing restrictions on yourself. Then, you can't live in a world without having to live in a world. Let's see. This is the way you can live in a world. It is the way you can live in a world. It is the way you can live in a world. It should come in the experiential plane. You can't do it. You can do it. ആചാര്യസ്വാമികൾ ഈ ചണ്ടാളനോട് ഉപദേശിച്ച് ചണ്ടാളന്റെ ഉപദേശം കേട്ട ശേഷം ലോകത്തിലൊക്കെ എല്ലാവരോടും ജാതി മതമൊക്കെ ഉപേക്ഷിക്കൂ എല്ലാവരും ഒന്നാവൂ എന്നൊന്നും അദ്ദേഹം ഉപദേശിച്ചില്ല കാരണം അങ്ങനെ ഉപദേശിച്ചാൽ അത്യന്തം കുഴപ്പമാവെന്ന് അദ്ദേഹത്തിന് അറിയാം ഇത് വേദാന്ത വിചാരം ചെയ്ത് സാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നവർക്കുള്ള വഴിയാണത് സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ നിയമവും എന്തെങ്കിലുമൊക്കെ ഭേദങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും സമൂഹത്തിൽ നിയമമൊന്നും കൊണ്ടുവരാൻ പറ്റില്ല പക്ഷെ ഓരോ വ്യക്തിയും സത്യം അറിഞ്ഞ് മുക്തനായിക്കൊള്ളണം സത്യം അറിയാനുള്ള വഴിയാണ് പറയുന്നത് ഈ കുടമോ കുടത്തിലുള്ള വെള്ളമോ വെള്ളത്തിൽ പ്രതിബിംബിച്ചിരിക്കുന്ന സൂര്യനോ വാസ്തവുമല്ല ആകാശത്തിലുള്ള സൂര്യൻ ഒരിക്കലും കുടത്തിൽ വീണിട്ടേ അതിന്റെ വെറും ഇല്ലാത്തതായ ഒരു പ്രതിബിംബം മാത്രമാണ് ഈ കുടത്തിൽ എന്ന് അറിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പിന്നെ ബാധിക്കപ്പെടില്ല അപ്പൊ ഈ കൊടത്തിനെയും കുടത്തിലുള്ള വെള്ളത്തിനെയും അതിനുള്ള പ്രതിബിംബത്തിനെയും വിട്ടിട്ട് ആകാശത്തിലെ സൂര്യനെ നോക്കണ പോലെ ഈ ശരീരത്തിനെയും ശരീരത്തിന്റെ ഉള്ളിലുള്ള ചിത്തത്തിനെയും ചിത്രത്തിൽ പ്രതിബിംബിച്ചിരിക്കുന്ന അഹങ്കാരമായ ഞാനിനെയും വിട്ടിട്ട് അതിനു പുറകിലുള്ള യഥാർത്ഥ ഞാനിനെ യഥാർത്ഥ ഞാൻ എന്നുള്ളതിന്റെ യഥാർത്ഥ സ്വരൂപത്തിനെ കണ്ടെത്തും അഹമഹമെന്ന് അരുളുന്നതൊക്കെ ആരായുകിൽ അതേകമാകും അകലുമഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു അഹം പൊരുൾ വേറെ അഹങ്കാരം വേറെ ഈ അഹങ്കാരം അനേകമാകയാൽ അനേകമാണ് എനിക്കൊരഹങ്കാരം നിങ്ങൾക്കൊരു അഹങ്കാരം ഓരോരുത്തർക്കും വേറെ വേറെ പക്ഷെ അഹം പൊരുൾ അതിനെ കണ്ടെത്തിയാൽ ഒന്നേ ഉള്ളൂ ഏകമേവ അദ്വിതീയം നേഹ നാനാസ്തി കിഞ്ചന നാനാത്വം അല്പം പോലുമില്ല ഒരേ ഒരു വസ്തുസ്ഥിതിയെ ഉള്ളു ആ വസ്തുവാണ് എല്ലാവരുടെ ഉള്ളിലും വേറെ വേറെ എന്ന പോലെ ആകാശത്തിലുള്ള ഒരു സൂര്യൻ ആയിരംകുടത്തിൽ പ്രതിബിംബിച്ച പോലെ ഒരേ ഒരു ബ്രഹ്മ ആ ബ്രഹ്മം അനേക ശരീരത്തിൽ ജീവനായിട്ട് പ്രതിബിംബിച്ചു കൊണ്ടു നിൽക്കും ആ പ്രതിബിംബത്തിനെ ആരാഞ്ഞു നോക്കിയാൽ പ്രതിബിംബം വാസ്തവമല്ല ബിംബചൈതന്യം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കാണാം അതേപോലെ അഹങ്കാരത്തിനെ ആരാഞ്ഞു നോക്കിയാൽ അഹങ്കാരത്തിന് യഥാർത്ഥ സ്ഥിതി ഇല്ല ഉള്ളത് ഈശ്വരൻ മാത്രം പരമാത്മാ മാത്രം എന്നുള്ള അനുഭൂതി ഇത് കണ്ടെത്തിയ ആൾക്ക് ഇയാള് ബ്രാഹ്മണനാണ് ഇയാള് ചണ്ടാളനാണ് എന്നുള്ള ഭേദം എവിടുന്നു വന്നു എന്നാണ് ചോദിക്കുന്നത് ഈ ചണ്ടാളൻ ഇപ്പോ ും ഗാമ്പുനി അമ്പരമണോ അദ്ദേഹം ഉപദേ ഉപയോഗിക്കുന്ന ഉദാഹരണം ഗംഗാജലത്തില് പ്രതിബിംബിക്കുന്ന സൂര്യൻ ചണ്ടാള വാപി പയ്പൂരെ ചണ്ടാളന്റെ കൊളത്തില് അല്ലെങ്കിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ ഇതിന് രണ്ടിനും എന്തെങ്കിലും അന്തരം ഉണ്ടോ എന്നാണ് കാഞ്ചന ഘടയോർവംബരേ ഒരു കാഞ്ചന സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു കൊടം ആ കുടത്തിന്റെ ഉള്ളിലും ആകാശമുണ്ട് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ കുടത്തിന്റെ ഉള്ളിലും ആകാശമുണ്ട് രണ്ടിൻ്റെ ഉള്ളിലും ആകാശം ഒന്ന് തന്നെ സ്വർണകുടത്തിനുള്ള ആകാശം കുറച്ച് സ്വർണമയമായ ആകാശമോ മൺകുടത്തിന്റെ ഉള്ളിലുള്ള ആകാശം മൺമയമായ ആകാശമോ അല്ല രണ്ടും ആകാശം ആകാശം തന്നെ കാഞ്ചനഘടി മൃത്പിണ്ട അതേപോലെ പ്രത്യവസ്തുനി ആ പ്രത്യഗ് വസ്തു എന്ന് വെച്ചാൽ ആത്മാവ് പ്രത്യഗ്വസ്തുനിസ്തരംഗ സഹജാനന്ദ അവബോധം ബുതൗ അത്ഭുതമായ വാക്കുകൾ നിസ്തരംഗ സഹജാനന്ദ അവബോധം ബുധ തരംഗം എന്ന് വെച്ചാൽ അല അലയടിക്കാത്ത സമുദ്രം പോലെ നിശ്ചലമായി നിൽക്കുന്ന സഹജ ആനന്ദം ആത്മാവിന്റെ സഹജമായ ആനന്ദ സ്വരൂപമായി നിൽക്കുന്ന അമ്പുതി എന്ന് വച്ചാൽ സമുദ്രം അലയടിക്കാതെ നിൽക്കുന്ന നിശ്ചലമായി നിൽക്കുന്ന ജലരാശി പോലെയുള്ള ആനന്ദ സമുദ്രമാവുന്ന ആത്മാനുഭവസ്ഥിതിയില് രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇത് ബ്രാഹ്മണൻ ഇത് ക്ഷത്രിയൻ ഇത് സ്ത്രീ ഇത് പുരുഷൻ ഇങ്ങനെ അനേക ഭേദഭാവങ്ങൾ എവിടുന്നുദിച്ചു നിസ്തരംഗ സഹജാനന്ദബോധം ബുതൌ വിപ്രോയം ശ്വപചോയം ഇതി അഭിമഹാന് കോയം വിഭേദ്രമ ഈ ഭേദഭ്രമം എവിടുന്നുണ്ടായി ഈ ഭ്രമം ഭ്രാന്തി എവിടുന്നുണ്ടായി ദേഹത്തിനെയും ആത്മാവിനെയും വീണ്ടും വീണ്ടും കൂട്ടിക്കുഴയ്ക്കുന്ന ഈ സ്വഭാവം എവിടുന്നുണ്ടായി ഈ കൂട്ടിക്കുഴയ്ക്കൽ ഇനിയും മാറിയില്ലേ ഈ ചണ്ടാളൻ ചോദിച്ച ഉടനെ ആചാര്യസ്വാമികൾ അത്ഭുതമായി വേദാന്ത തത്വം പറയുന്ന ഈ ചണ്ടാളനെ നമസ്കരിച്ചു നമസ്കരിച്ചുകൊണ്ട് അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലി എന്നാണ് കഥ അഞ്ചു ശ്ലോകങ്ങൾ അതിലെ നാല് ശ്ലോകങ്ങൾ വേദാന്ത മഹാവാക്യത്തിന്റെ അർത്ഥം പറയുന്നതാണ് അഞ്ചാമത്തെ ശ്ലോകം ആത്മതത്വം പ്രകാശിപ്പിക്കുന്നതാണ് ആനന്ദം ആത്മാ ആത്മജ്ഞാനിയുടെ ആനന്ദത്തിനെ പറയുന്നതാണ് അദ്ദേ ശ ശ്ലോകം പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യത്തിനെ കുറിക്കുന്നതാണ് ഋഗ്േദമവാക്സ്വപ്നസുഷുപ്തിഷു സ്ഫുടതരാ സംവിദുജംഭത്തെ ബ്രഹ്മാതിപീലി കാത പ്രോത ജഗത്സക്ഷി സൈവാഹം നൃശ്യവസ്തു ദൃഢപ്രജ്ഞാസ്തി ചേത് ചാളോസ്തു സതുദ്ജോസ്തു ഗുരുത്യേഷ ശ്ലോകത്തിന്റെ അർത്ഥം ആദ്യം പറയാം ജാഗ്രത് സ്വപ്നരാവിത് ഉജൃംബത്തെ സംവിത് സംവി എന്ന് വച്ചാൽ ബോധം അറിവ്ഞപ്തി അവർ റിവ് അഥവാ അവബോധം ആണോ ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു ജാഗ്രത അവസ്ഥ സ്വപ്നാവസ്ഥ സുഷുപ്തി അവസ്ഥ വേക്കിംഗ് സ്റ്റേറ്റ് ഡ്രീം സ്റ്റേറ്റ് ആൻഡ് ഡീപ് സ്ലീപ് സ്റ്റേറ്റ് ഈ മൂന്ന് അവസ്ഥകളിലും ഏതൊന്ന് മാറാതെ പ്രകാശിക്കുന്നു യാ സംവി ഉജംബത ഉജൃംഭനം എന്ന് വച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പ്രകാശിക്കുന്നു അന്ത തനുഷുരം ബ്രഹ്മാവ് ആദിയായിട്ടും പിപീലിക അന്തമായിട്ടും ബ്രഹ്മാവ് മുതൽ പിപീലികന്ന് വെച്ചാൽ ഉറുമ്പ് ഒരു അമീബ എന്ന് വെച്ചോളും ഏറ്റവും ചെറിയ ഏകഘോഷ ജീവി വരെ ബ്രഹ്മാവ് മുതൽ ഏറ്റവും ചെറിയ ജീവി വരെയുള്ള സകല ബ്രഹ്മാതി പി തനുഷു തനു എന്ന് വെച്ചാൽ ശരീരം ശരീരത്തില് പ്രോതാ പ്രോതാന്ന് വെച്ചാൽ എടകലർന്ന് നിൽക്കുന്നു ഈ മുണ്ടിലെ നൂല് എടകലർന്ന് നിൽക്കുന്ന പോലെ ബ്രഹ്മാവിലും ഒരു ഉറുമ്പിലും ഒരു ചെറിയ ഒരു പ്രാണിയിലും എടകലർന്നു നിൽക്കുന്നത് ഏതൊന്നാണോ ജഗത്സാക്ഷിനീ ചലിച്ചുകൊണ്ടേ മാറിക്കൊണ്ടേയിരിക്കുന്ന ശരീരം തുടങ്ങിയുള്ള ഈ പ്രപഞ്ചം ഈ കാണപ്പെടുന്ന ലോകത്തിന് മുഴുവൻ ചലിക്കാതെ യാതൊരു മാറ്റവും കൂടാതെ സാക്ഷി മാത്രമായി ഏതൊന്നും നിൽക്കുന്നു അറിവ് മാത്രമായി കണ്ടുകൊണ്ട് ഏതൊന്നും നിൽക്കുന്നു യാ ജഗത്സാക്ഷിനി ബ്രഹ്മാതി ഇത്രയും തത്വവും പറഞ്ഞു എന്നിട്ടോ ഈ ആ വസ്തു ഉണ്ടല്ലോ ഏതൊന്ന് ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും മാറാതെ നിൽക്കുന്നുവോ ഏതൊന്ന് ബ്രഹ്മാവ് മുതൽ ഒരു ഉറുമ്പ് വരെയുള്ള സകല പ്രാണികളിലും മാറുന്നതിനൊക്കെ മാറാതെ സാക്ഷിയായി നിൽക്കുന്നുവോ ആ ഏകമായ ആ വസ്തു അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം അല്ലാതെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന അഹങ്കാരം ഞാനല്ല മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിബോധം ഞാനല്ല സൈവാഹം നച്ച ദൃശ്യ വസ്തു ഈ കാണപ്പെടുന്ന ഒന്നും തന്നെ ഞാനല്ല ഈ പ്രപഞ്ചം കാണുന്നു ശരീരം കാണുന്നു ശരീരത്തിന്റെ ഉള്ളിലുള്ള മനസ്സിനെ കാണുന്നു മനസ്സിന് പുറകിലുള്ള ബുദ്ധിയും കാണുന്നു പൊന്തി അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന അഹങ്കാരത്തിനെയും കാണുന്നു അപ്പൊ ഈ കാണപ്പെടുന്ന അഹങ്കാരം മുതൽ ദേഹ അന്തം വരെ അഹങ്കാരാതി ദേഹഅന്താൻ അതൊന്നും ഞാനല്ല അഹങ്കാരം മുതൽ ശരീരം വരെ കാണപ്പെടുന്ന വിശ്വം വരെ ഒന്നും ഞാനല്ല ഇതിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ സൈവാഹം നച്ച ദൃശ്യവസ്തു ദൃഢപ്രജ്ഞ ആചാര്യസ്വാമികൾ പറഞ്ഞു ഇങ്ങനെ നല്ല ഉറപ്പുള്ള പ്രജ്ഞ അതായത് ഒരിക്കലും ചലിക്കാത്ത പ്രജ്ഞ കുറച്ചു നേരത്തേക്ക് അങ്ങനെ ഒന്ന് മനസ്സിലാക്കുന്നു ഇപ്പൊ സത്സംഗത്തിൽ ഇരിക്കുമ്പോ കുറച്ചെങ്ങനെ സൂക്ഷ്മമായി ഉള്ളിൽ പോയി അതിനെ ഒന്ന് കണ്ടിട്ട് വീണ്ടും വരലല്ല ഒരിക്കലും ഇനി മാറിപ്പോല ആരും ഒന്ന് വാദിച്ചാലും മാറിപ്പോവില്ല എത്ര വലിയ യുക്തി പറഞ്ഞാലും ഇനി മാറിപ്പോവാത്ത വിധത്തിൽ ഉറപ്പായ അനുഭവം ആർക്കൊണ്ടോ ദൃഢപ്രജ്ഞാപി യസ് അസ്ഥിചേത് അങ്ങനെയുള്ള ആള് ചണ്ടാളോസ്തു അവൻ ചണ്ടാളനാവട്ടെ സതുദ്വിജോസ്തു അവൻ ബ്രാഹ്മണനാവട്ടെ ഗുരുഹു ഇത് യേശാ മനീഷാ മമ അവൻ എനിക്ക് ഗുരുവാണ് ഇതാണ് ശ്ലോകാർ ജാഗ്രസ്വപ്നസുഷുപ്തിഷു സ്ഫുടതരാ സംവിദുജംഭത്തെ ബ്രഹ്മാതിപീലിന്തഷു പ്രോത ജഗത്സക്ഷി സൈവാഹം നൃശ്യവസ്തു പ്രജ്ഞാസ്തി ചേച്ച ചോസ്തു സതു ദ്ജോസ്തു ഗുരു ഇത്യേഷമാ ഇത് ഏഷാ മനീഷ മനീഷ എന്ന് വെച്ചാൽ ജ്ഞാനം കൺവിക്ഷൻ ഉറപ്പ് അനുഭവം ഇത് എന്റെ ഉറപ്പായ അനുഭവമാണ് അങ്ങനെയുള്ള ആൾ എനിക്ക് ഗുരുവാണെന്നുള്ളത് എന്റെ അഭിപ്രായമാണ് അപ്പോ നമുക്കുള്ള മൂന്ന അവസ്ഥകളാണ് ജാഗ്രത് സ്വപ്നം സുഷുപ്തി അനുഭൂതി മണ്ഡലം ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ അനലൈസ് ചെയ്യണ നമുക്ക് ആത്മസാക്ഷാത്കാരം വേണമെങ്കിൽ അവനവനെ വിചാരം ചെയ്തു കൊണ്ട് വേണം നേടാൻ ഏത് വഴിക്ക് പോയാലും അവസാനം നമ്മളുടെ അടുത്തേക്ക് വരണ്ടി വരും പോയി നിന്നാലും അവസാനം ഭഗവാൻ ചോദിക്കും നീ നീ ആരാണെന്ന് കണ്ടുപിടിക്കൂന്ന് പറയും അതാണ് കൃഷ്ണൻ അർജുനനും ചെയ്തത് ഉദ്ധവർക്കും ചെയ്തത് ഏറ്റവും അടുത്തവരെയും ഒക്കെ ഭഗവാൻ അവസാനം പറഞ്ഞു നീ തന്നെ കണ്ടുപിടിക്കാം തന്നെ അറിഞ്ഞാൽ ഈശ്വരനെ അറിഞ്ഞു അപ്പോൾ ഇത് രക്ഷപ്പെടാൻ പറ്റില്ല രമണ മഹർഷി ഒരു ചൊല്ലുണ്ട് രമണ മഹർഷി പറയും ചുങ്കച്ചാവടി തപ്പാത് എന്നാണ് ചുങ്കച്ചാവടിയെന്ന് വെച്ചാൽ ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നു പോകാൻ പറ്റില്ലാന്നാണ് എങ്ങനെ വന്നാലും അവസാനം ചെക്ക് പോസ്റ്റിലേക്ക് വരണം ഞങ്ങൾ വേറെ വഴി സ്വീകരിച്ചോളാം ഏത് വഴിക്ക് പോയാലും അവസാനം യു ഹാവ് ടു കം ടു യുവർ സെൽഫ് ഒരാൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വണ്ടിയിൽ എന്തോ കള്ളക്കടത്ത് സാധനം കാളവണ്ടിയിൽ കൊണ്ടുപോകുക അത്രേം അപ്പൊ കാളവണ്ടിയിൽ ഏതൊക്കെയോ ഷോർട്ട് കട്ട് റൂട്ടിലൂടെയൊക്കെ കാളവണ്ടി ഓടിച്ചു കൊണ്ടുപോയി കാട്ടലും മേട്ടലും മലയിലും കുന്നിലും ഒക്കെ പോയി അവസാനം ഈ വണ്ടി ഓടിക്കുന്ന ആൾ ഉറങ്ങിപ്പോയി റങ്ങിപ്പോയി കണ്ണും തുറന്നു നോക്കുമ്പോ കാള വണ്ടി നടന്ന് കാള കാളക്ക് ഒരു റൂട്ടേ അറിയുള്ളൂ അത് നടന്നു വന്ന് ചെക്ക് പോസ്റ്റിന്റെ മുമ്പിൽ വന്ന് നിക്കണം അത് ചുറ്റി ചുറ്റി അവസാനം അതേപോലെ നമ്മൾ എത്ര ചുറ്റി തിരിഞ്ഞാൽ അവസാനം തന്നിലേക്ക് തന്നെ വരേണ്ടി വരും കാരണം എന്താ നമുക്ക് ഉറപ്പുള്ള ഒരേ ഒരു അനുഭവമേ ഉള്ളൂ ഞാനുണ്ട്ന്നുള്ള കാര്യം ബാക്കിയൊന്നും ഉറപ്പില്ല ബാക്കിയൊക്കെ നമുക്ക് നമ്മളെ ആർക്ക് വേണമെങ്കിൽ ചലിപ്പിക്കാം ഏ ഞാൻ കൈലാസത്തിലേക്ക് പോകുമെന്നാണ് ഏ യുക്തിവാദിയായ ആർക്കെങ്കിലും വന്ന് നമ്മളോട് പറയാം ഈ കൈലാസം ഒന്നുമില്ല ഇതൊക്കെ വെറുതെ തോന്നലാണ് എവിടെയാ കൈലാസമുള്ളത് ഇപ്പൊ കൈലാസ യാത്ര എന്ന് പറഞ്ഞ് പോയിട്ട് വന്നാൽ വേണമെങ്കിലും ഒരു യുക്തികവാദിക്ക് നമ്മളെ മെനക്കെട്ട് കൈലാസ യാത്രയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി ഇവിടെ എവിടെങ്കിലും ശിവൻ ഉണ്ടോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ യുക്തിയൊക്കെ പോയി പോകും ഒരുപക്ഷെ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പോലും അയാളെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഇനി വൈകുണ്ഠമാണ് ആ അതൊക്കെ വെറുതെ സ്വപ്നം പോലെ ഭ്രമമാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട് എന്താണ് ഞാനുണ്ട് എന്നുള്ള കാര്യം അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല അല്ലേ ഞാനുണ്ട് എല്ലാരും ആസ്തികന്മാരാണ് ഈ ലോകത്തില് നാസ്തികനെ ഇല്ല വെറുതെ പറയാണ് നാസ്തികനേ ഇല്ല നാസ്തി എന്ന് പറയണവനാണ് നാസ്തികൻ അസ്ഥി എന്ന് പറയണവനാണ് ആസ്തികൻ എല്ലാരും അസ്ഥി എന്ന് പറയണവനാണ് എല്ലാരും പറയണത് എന്താ ഞാനുണ്ട് ഞാനുണ്ട് ഞാനുണ്ട് അഹമസ്മി അഹമസ്മി യോഹമസ്മി അഹമസ്മി എല്ലാവരുടെയും ചല്ലാണ് അഹമേവാഹമസ്മി ഞാനുണ്ട് ഞാനുണ്ട് യു ആൾവേസ് അഫം അപ്പൊ ഈ ഉണ്ട് എന്ന് പറയണ ഞാനിനെ നല്ല ഉറപ്പുള്ള കാര്യം ഈശ്വരനുണ്ടോ ഇല്ലയോ ചോദിച്ചാ വേണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാം ലോകത്തിനെ കുറിച്ചും വേണമെങ്കിലും അഭിപ്രായം പറയാം പക്ഷെ അവനവനെ ആർക്ക് നിഷേധിക്കാനേ കഴിയില്ല എല്ലാരും സ്വീകരിക്കണു അവനവൻ ഉണ്ട് എന്നുള്ള കാര്യം സ്വീകരിക്കണമുണ്ടല്ലോ ശരി ഇവിടെ വെച്ച് തുടങ്ങാം ഞാനുണ്ട് എന്നുള്ളത് ഉറപ്പുണ്ട് അത് സ്വയം ജ്യോതിയാണ് സ്വയം ജ്യോതിയാണ് അതുള്ളത് കൊണ്ടാണ് ബാക്കിയുള്ള ജ്യോതിസുകളൊക്കെ കാണപ്പെടുന്നത് കണ്ണില്ലാത്തവന് ട്യൂബ് ലൈറ്റ് ഇട്ടിട്ടും പ്രയോജനമില്ല സൂര്യൻ പ്രകാശിച്ചിട്ടും പ്രയോജനമില്ല കണ്ണുണ്ട് എന്ന് എങ്ങനെ അറിഞ്ഞു കണ്ണിലൂടെ കാണുന്ന ഒരാൾ ഉള്ളതുകൊണ്ട് ആ കാണുന്നവനാര അവൻ സ്വയം ജ്യോതിയാണ് അവനുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ബാക്കിയൊക്കെ വേണമെങ്കിൽ സംശയം വരാം പക്ഷെ ഞാൻ ഉണ്ട് എന്നുള്ളത് ഇറ്റ് ഈസ് സെൽഫ് ഇഫൽജന്റ് റിയാലിറ്റി അതിനെ ഒരാൾക്കും ഇല്ല എന്ന് നിഷേധിക്കാൻ പറ്റില്ല അപ്പൊ ആ ഉള്ള ഞാൻ എന്നുള്ള അനുഭവം വ്യക്തിബോധം ആദ്യം വ്യക്തിബോധം എന്റെ ജീവിതം എന്റെ ജീവിതം എന്നാണല്ലോ പറയണത് എല്ലാവർക്കും അവരവരുടെ ജീവിതം എന്റെ ജീവിതം എനിക്ക് മൂന്ന് മണ്ഡലങ്ങളിലാണ് അനുഭവപ്പെടുന്നത് മൂന്നവസ്ഥകൾ എന്താ മൂന്നവസ്ഥകൾ ജാഗ്രത സ്വപ്നം സുഷുപ്തി വെസ്റ്റേൺ ഫിലോസഫി ഒരുപാട് ഫിലോസഫേഴ്സ് വന്നു അമേരി പാശ്ചാത്യർ പാശ്ചാത്യ തത്വചിന്തകന്മാർ പക്ഷെ അവർക്ക് ആർക്കും പരമമായ സത്യം പിടികിട്ടാതെ വെറും ബുദ്ധിയുടെ തലത്തിൽ മാത്രം നിന്ന് ഭ്രമിച്ചു കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ എല്ലാ തത്വചിന്തയും ഈ ജാഗ്രത അവസ്ഥയെ മാത്രം വെച്ചു ജാഗ്രത അവസ്ഥ സത്യമാണെന്നും ഈ ശരീരം സത്യമാണെന്നും ഒക്കെ ധരിച്ചുകൊണ്ടുള്ള തത്വചിന്ത അതുകൊണ്ട് ഒരു ലിമിറ്റിന് കടന്നു പോവാനേ പറ്റിയില്ല ഏതാന്തികൾ എന്നുവെച്ചാൽ നമ്മളുടെ ഋഷികൾ അദ്ഭുതമായി മൂന്നവസ്ഥകളെയും വിരിച്ചു കാണിച്ചു ഈ അവസ്ഥാത്ര വിചാരമാണ് ആത്മവിചാരം ഭാഗവതത്തിലും ഒക്കെ ഇതാണോ ഉള്ളത് പ്രഹ്ലാദന് നാരദ മഹർഷി ഇതാണോ ഉപദേശിക്കുന്നത് പക്ഷേ ഇത് ആളുകൾക്ക് മനസ്സിലാവില്ല മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് ഇതൊന്നും പറയാറില്ല പ്രഹ്ലാദന് ഇത് ഉപദേശിച്ചത് പ്രഹ്ലാദൻ പ്രഹ്ലാദനായതും അല്ലാതെ എന്തെങ്കിലുമൊക്കെ കഥ ഉപദേശിച്ചിട്ടല്ല പ്രഹ്ലാദനെ നാരദൻ പ്രഹ്ലാദനാക്കണത് ഇതുപദേശിച്ചാണ് ബുദ്ധേർ ജാഗരണം സ്വപ്ന സേനവ അനുഭൂയൻ പുരുഷ സ്മൃത ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഇത് മൂന്നും നമുക്ക് അനുഭവപ്പെടുന്നു നമ്മളുടെ ബുദ്ധിയിൽ ജാഗ്രത എന്താ ഇതാ ഇപ്പോ അവസ്ഥ ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്ന് നമ്മൾ പറയണം ഇവിടെ ശരീരം പ്രധാനം നിങ്ങളെയൊക്കെ കാണുന്നു നിങ്ങളെ എന്നെ കാണുന്നു ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലോകവ്യവഹാരം ചെയ്യുന്നു ഇത് വേക്കിംഗ് സ്റ്റേറ്റ് ജാഗ്രത് ഇത് കഴിഞ്ഞാൽ മനസ്സ് പ്രധാനമായ അവസ്ഥയാണ് സ്വപ്നം രാത്രി പോയി കിടന്നാൽ ശരീരം നിശ്ചലമായി ഇട്ട് കഴിഞ്ഞാൽ മനസ്സ് പൊന്തി വന്ന അനേക ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു വികാരങ്ങളുണ്ടാക്കും ഡ്രീം സ്റ്റേറ്റ് സ്വപ്നം ജാഗർത്തി കാമം കാ പുരുഷോ നിർമ്മിമാണ തടേ ശുക്രം തടേ അമൃതമു തസ്ലോകാശ്രിതേ തൊഴുന അത്യേതി കശ്ശന എത്തൈ തടോപനിഷത്തിൽ യവൻ നചികേതസ് എന്ന് പറയണ കൊച്ചുകുട്ടിയോട് പറയണു കുഞ്ഞേ നീ ശരീരം കടന്ന് ജടം പോലെ ഉറങ്ങുമ്പോ ുള്ളിൽ ഏതോ ഒരു അനിരുവചനീയ ശക്തി ഉണർന്നിരുന്ന് അനേക രൂപങ്ങളെയും ചിത്രങ്ങളെയും ഉണ്ടാക്കുന്നുവല്ലോ അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് അവനിലാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത് അവനാണ് ഈ വിശ്വത്തിനെ മുഴുവൻ പൊന്തിച്ചുകൊണ്ട് ശക്തി തതേവ ശുക്രം തദ് തസ്മിൻ ലോകാഹാശ്രിതാഹാ ഈ ലോകങ്ങൾ മുഴുവൻ അവനിൽ നിന്നു പൊന്തി വരുന്നു അപ്പൊ ആ അനിർവചനീയ ശക്തി ഓരോരുത്തരുടെ ഉള്ളിലും തത്വമസി ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ട് അത് മനസ്സ് ജാഗ്രത എന്ന് പറയുന്നത് ഈ വേക്കിംഗ് സ്റ്റേറ്റ് പിന്നെ ഡ്രീം സ്റ്റേറ്റ് സ്വപ്നാവസ്ഥ സ്വപ്നാവസ്ഥയിൽ അനേക നാമരൂപങ്ങൾ പൊന്തി വരുന്നു അനേക ചിത്രങ്ങൾ പൊന്തി വരുന്നു സ്വപ്നം സ്വപ്നം കാണും സ്വപ്നത്തിലും വ്യക്തിബോധമുണ്ട് അഹങ്കാരമുണ്ട് ജാഗ്രതത്തിലും അഹങ്കാരമുണ്ട് സ്വപ്നത്തിലും അഹങ്കാരമുണ്ട് പക്ഷെ രണ്ടും പല രണ്ടു വിധത്തിലുള്ള അഹങ്കാരമാണ് ഇത് തന്നെ ഞാൻ ഈ കാണുന്ന ഞാൻ സത്യമല്ല എന്നുള്ളതിന് തെളിവാണ് ഇപ്പൊ ഈ പ്രഭാഷണം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഞാൻ ഇവിടെ തന്നെ കിടന്നുറങ്ങി സ്വപ്നം കാണുകയാണെങ്കിൽ ഈ പ്രഭാഷണം നടക്കുമ്പോൾ തന്നെ കിടന്നുറങ്ങി സ്വപ്നം കാണുമ്പോൾ സ്വപ്നത്തിലുള്ള ഞാൻ ചിലപ്പോൾ കാർ ഡ്രൈവറായിരിക്കും ജാഗ്രതത്തിലുള്ള ഞാനിന്റെ ഓർമ്മയെ ഇല്ലാതെ ചിലപ്പോൾ സ്വപ്നത്തിലുള്ള ഞാൻ വേറെ അഹങ്കാരം വ്യക്തിബോധം മാറിപ്പോകും ഈ ജാഗ്രതത്തിലുള്ള അഹങ്കാരത്തിനെ അപ്പാടെ മറന്നുപോയിട്ട് സ്വപ്നത്തിൽ വേറെ ഒരു ഞാൻ നോക്കണ അഹങ്കാരം മാറിക്കൊണ്ടേ ഇരിക്കുന്നു ഇതാണ് പ്രതിബിംബത്തിനും ബിംബത്തിനുമുള്ള വ്യത്യാസം പക്ഷെ യഥാർത്ഥം ഞാൻ മാറിയിട്ടില്ല പ്രതിബിംബം മാറി അപ്പോ തന്നെ നമുക്കറിയാം ഇത് വെറും പ്രതിബിംബമാണ് ഈ അഹങ്കാരം ജാഗ്രതത്തിൽ തന്നെ ഓരോ ക്ഷണവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് സഹിക്കവയ്യാത്ത ഒരു ശോകം വന്നാൽ ആ ശോകത്തിൽ വീണിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇത് മാറിയേരില്ല എന്ന് വിചാരിക്കും ഇതേ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ ആനന്ദമായിട്ട് ചിരിക്കും അപ്പൊ ആ കരഞ്ഞുകൊണ്ടിരുന്ന ആളുടെ ഒരു ഒരു അംശം പോലും ഇല്ലാതെ അത് മാറിപ്പോയി അപ്പോ ദിസ് ഈസ് ലോവർ സെൽഫ് ഈ ലോവർ സെൽഫ് മാറിക്കൊണ്ടേയിരിക്കും ഈ അഹങ്കാരമാവുന്ന വ്യക്തിത്വം അതായത് മനസ്സുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള വ്യക്തിത്വം അത് മാറിക്കൊണ്ടേയിരിക്കും മനസ്സ് കരഞ്ഞാൽ ഞാൻ കരയും മനസ്സ് ദുഃഖ ഞാൻ ആനന്ദിക്കും മനസ്സ് കോപിച്ചാൽ ഞാൻ കോപിക്കും അപ്പൊ സ്വപ്നത്തിലുള്ള അഹങ്കാരം ജാഗ്രതത്തിലുള്ള അഹങ്കാരം ഇത് രണ്ടും മാറുന്നു സ്വപ്നത്തിലുള്ള ശരീരം ജാഗ്രതത്തിലുള്ള ശരീരവും വേറെ വേറെ സ്വപ്നത്തിലെല്ലാത്തിനെയും ഞാൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത് ജാഗ്രതത്തിലും യഥാർത്ഥത്തിൽ മനസ് അനിർവചനീയമായ മായാശക്തി തന്നെയാണ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നത് പക്ഷെ അത് അറിയുന്നില്ല സ്വപ്നത്തിൽ വ്യക്തമായി സ്വപ്നം വിട്ട് ഉണരുമ്പോ അറിയാം സ്വപ്നത്തിൽ പ്രഭാഷണം ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ പ്രഭാഷണം കേൾക്കുന്നത് നിങ്ങളെയൊക്കെ ഞാൻ തന്നെ സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഞാൻ തന്നെ കയറിയിരുന്നു കേൾക്കും ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് പറയുകയും ചെയ്യും ഇത് സ്വപ്നം ഈ സ്വപ്നം വിട്ടാൽ അടുത്തതെന്താ സുഷുപ്തി അവിടെ ഈ ഞാനേ ഇല്ല അവിടെ അല്ലേ സ്വപ്നവും ഇല്ലാത്ത ഡീപ്പ് സ്ലീപ്പ് അവിടെ ഈ അഹങ്കാര ഞാനേ ഇല്ല ഈ കാർ ഡ്രൈവർ ഞാനും ഇല്ല പ്രഭാഷണം ചെയ്യുന്ന ആളുമില്ല പാട്ടുപാടുന്ന ആളുമില്ല ബ്രാഹ്മണനും ക്ഷത്രിയനും ഒന്നുമില്ല വ്യക്തിത്വമേ ഇല്ല അവിടെ ഈ വ്യക്തിബോധമേ ഇല്ലാതെ സുഖമായി ഉറങ്ങി എന്ന് പറയണം അവിടെ എല്ലാവർക്കും സുഖമാണ് ആർക്കും ദുഃഖമില്ല സുഷുപ്തിയിൽ സുഷുപ്തിയിൽ ഇതുവരെ ആരും എനിക്ക് ദുഃഖമയമായ ഒരു സുഷുപ്തി ഉണ്ടായിന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഈ വ്യക്തിബോധം അവിടെ ചെന്ന് ലയിക്കുമ്പോ എല്ലാവർക്കും സുഖമാണ് സുഖമഹാമസ്വാപ്സം നക്കിഞ്ചിത് അവേദിഷം അതാണ് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ജാഗ്രതത്തിൽ ശരീരമുണ്ട് മനസ്സുണ്ട് ഞാനുണ്ട് സ്വപ്നത്തിൽ ശരീരമുണ്ട് മനസ്സുണ്ട് ഞാനുണ്ട് സുഷുപ്തിയിൽ സ്വപ്നത്തിൽ ശരീരമില്ല മനസ്സ് മാത്രമുണ്ട് ഞാനുണ്ട് സുഷുപ്തിയിൽ ശരീരവും ഇല്ല മനസ്സുമില്ല പക്ഷെ എന്നാലും ഞാനുണ്ട് ഞാൻ എന്നുള്ള വ്യക്തിബോധമില്ല പക്ഷെ ഞാൻ എന്നുള്ള അവബോധമുണ്ട് ഉയരിരുക്കെ ജീവനുണ്ട് അനുഭവമുണ്ട് ശാന്തി അല്ലെങ്കിൽ സുഖത്തിന്റെ അനുഭവമുണ്ട് അപ്പൊ ഞാൻ ശരീരവുമല്ല ഞാൻ മനസ്സുമല്ല ശരീരവും മനസ്സും ഉള്ളപ്പോഴും ഞാനും ശരീരവും മനസ്സും ഇല്ലാത്തപ്പോഴും ഞാനുണ്ട് അപ്പൊ ഞാൻ ശരീരമോ മനസ്സോ അല്ല ഈ മൂന്നവസ്ഥകളെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അധ്യക്ഷനാണ് ഞാൻ ജാഗ്രത് സ്വപ്ന സുഷുപ്തി ഈ മൂന്നവസ്ഥകളിലും സ്ഫുടമായി പ്രകാശിക്കുന്നു ഒന്നിനേക്കാളും ഒന്നിൽ സ്ഫുടമായി പ്രകാശിക്കുന്നു ജാഗ്രതത്തിൽ ഉള്ള ശരീരം സ്വപ്നത്തിലില്ല സ്വപ്നത്തിലുള്ള ശരീരവും മനസ്സും സുഷുപ്തിയിലില്ല സുഷുപ്തിയിൽ ഒരു ആവരണമുണ്ട് ചെറിയ ഒരു ആവരണം എന്തോ ഒന്ന് മറച്ചിരിക്കുന്നു അതുകൊണ്ടാണ് സുഷുപ്തിയിൽ നിന്ന് ഉണർന്നു വന്ന് ആരും സാക്ഷാത്കാരം നേടിയെന്ന് പറയാനൊന്നും പറ്റുന്നില്ല എന്താ സുഷുപ്തിയിലും മറയുണ്ട് ഒരു ആവരണമുണ്ട് അപ്പൊ ജാഗ്രത് സ്വപ്ന സുഷുപ്തി മൂന്നവസ്ഥകളും മാറി മാറി വരുമ്പോ ഈ മൂന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് മൂന്നിനെ ഒരേ ആളാണ് അനുഭവിച്ചത് അല്ലെങ്കിൽ ആള് മാറി പോകണമല്ലോ അല്ലെ മൂന്നു ഒരേ ആൾ ഉറങ്ങിയ ആള് തന്നെ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടു ആള് തന്നെ ജാഗ്രത് ഈ മൂന്ന് അവസ്ഥകൾ അവസ്ഥാത്രയ സാക്ഷി അവസ്ഥാത്രയ സാക്ഷി ജാഗ്രത് സ്വപ്ന സുഷുപ്തി നാം സാക്ഷിഭൂത മൂന്നിനും സാക്ഷിയായിട്ടുള്ളവൻ ജാഗ്രസ്വപ്ന സുഷുപ്തിഫുടതറാം സംവിജൃംഭത ഉജൃംഭണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഗ്ലീമിങ് ഔട്ട് ആകാശത്തിൽ സൂര്യൻ സൂര്യന്റെ മുമ്പിൽ ഇങ്ങനെ മേഘം പോണു ഒരു മേഘം പോയി അടുത്ത മേഘം വരുന്നതിന്റെ നടുവില് ഇങ്ങനെ സൂര്യന്റെ വെളിച്ചം പുറത്തു വരും അതുപോലെ ജാഗ്രത് കഴിഞ്ഞ് സ്വപ്നത്തിലേക്ക് പോകുന്ന ഒരു ഇടവേളയിൽ അല്പമൊന്നും ആത്മാ പ്രകാശിക്കുന്നുണ്ട് നമുക്ക് അറിയുന്നില്ല അത്രയേ ഉള്ളൂ സ്വപ്നത്തിനും സുഷുപ്തിക്ക് ഇടയിൽ അല്പമൊന്നും ആത്മാവ് പ്രകാശിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയുന്നില്ല സുഖമായിരുന്നു എന്ന് പറയുന്ന സുഷുപ്തി അവസ്ഥയിൽ ആത്മാവ് പ്രകാശിക്കുന്നുണ്ടോ എന്ന് ഉറക്കം വിട്ട് ഉണരുമ്പോ ഉണർന്നു ഉണർന്നില്ല എന്നൊരു അവസ്ഥയുണ്ട് ഒരു സന്ധ്യാകാലം നമുക്ക് ശ്രദ്ധിക്കാൻ വിഷമാണ് കുറെ കാലം കാണാം ഉറക്കം വിട്ടു എന്നാൽ ഉണർന്നിട്ടുമില്ല ആ ഒരു ഇടവേളയിൽ നമുക്കൊരു ഒരു സ്വരൂപ സ്ഫൂർത്തി ഉണ്ട് അതിനെ പിടിച്ചാൽ അതാണ് ആചാര്യസ്വാമികളുടെ പ്രാതസ്മരണ സ്ത്രോത്രം രാവിലെ എണീറ്റോണ് ശ്ലോകം ചൊല്ലണം എന്നാണ് ഇന്ദിരാൻ പ്രാതസ്മരാമി ഹൃദി സംസ്ഫുര ആത്മതത്വം സച്ചിത് സുഖം പരമഹം സഗതിയം സുഷുപ്തിഷുപ്തിനിത്യം തദ്കളമഹം നജ ബോധസംഘ നജ ഭൂതസംഘ പ്രാതസ്മരാമി രാവിലെ എണീറ്റ സ്മരിക്കുന്നു എന്താ ഹൃദി ആത്മതത്വം ഹൃദിസ്ഫുരി ഹൃദയത്തില് സ്ഫുരിക്കുന്ന ആത്മതത്വത്തിനെ ഞാൻ സ്മരിക്കുന്നു അതെങ്ങനെയുള്ളത് അസച്ചിത്സുഖം ഉള്ളതാണ് ബോധ അറിവേ സ്വരൂപമാണ് ആനന്ദമേ സ്വരൂപമാണ് സച്ചിദാനന്ദ അതാണ് സച്ചിത്സുഖം പരമഹംസഗതിം തുരീയം പരമഹംസന്മാരായി ജ്ഞാനികൾ അനുഭവിക്കുന്നതാണ് ജാഗ്രതം സ്വപ്നവും സുഷുപ്തിയും കടന്നു നിൽക്കുന്നത് കൊണ്ട് നാലാമത്തെ അവസ്ഥ എന്ന് അതിനെ പറയുന്നു തുരീയം പരമഹംസഗതി സ്വപ്ന ജാഗര സുഷുപ്തി അവതിനിത്യം തദ്കളമഹം ജാഗ്രത്വ സ്വപ്നം സുഷുപ്തി എല്ലാ അവസ്ഥകൾക്കും സാക്ഷിയായ ബ്രഹ്മം ആ ബ്രഹ്മം നിഷ്കളം എന്ന് വെച്ചാലോ കയ്യകാല തല ഒന്നുമില്ല അതിലില്ല ഒരു കലയുമില്ലാത്ത പൂർണ്ണം ആ പൂർണമായ ബ്രഹ്മമാണ് ഞാൻ ഭൂതസംഘ ഈ ഭൂതസംഘമായ ശരീരമല്ല ഇത് ഓർക്ക രാവിലെ എണീറ്റ ഉടനെ ഇരിക്കുന്ന ഇടത്ത് ഇരുന്നുകൊണ്ട് ധ്യാനിക്കാനാണല്ലോ ധ്യാനിച്ചുറപ്പിക്കാനാണ് അപ്പോ സ്വപ്നം സുഷുപ്തിയുടെ ഇടവേളകളിലും ഓരോ ചിത്തവൃത്തികളുടെ ഇടവേളകളിലും ഇതുണ്ട് യഥാർത്ഥത്തിൽ ജാഗ്രത അവസ്ഥയിൽ തന്നെ ഈ മൂന്നവസ്ഥകളുമുണ്ട് ജാഗ്രത അവസ്ഥയിൽ ശരീരം എന്ന് പറയുന്നത് ജാഗ്രത് ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ഉള്ളിലിങ്ങനെ പ്രഭാഷണം കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു ഡ്രീം ഒരു സ്വപ്നം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു സ്വപ്നാവസ്ഥയും ഉള്ളിലുണ്ട് ആ സ്വപ്നത്തിനും പുറകിൽ ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഇരുട്ട് പ്രത്യക്ഷപ്പെടും ഒന്നും ധ്യാനിക്കാൻ പറ്റാത്ത ഒരു ഇരുട്ട് അത് സുഷുപ്തിയാണ് ഈ മൂന്നും ജഡമാണ് ജാഗ്രതും ജഡമാണ് സ്വപ്നവും ജഡമാണ് സുഷുപ്തിയും ജഡമാണ് പക്ഷേ ഈ ജഡത്തിനൊക്കെ പുറകിൽ അതിനെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് സൂര്യൻ നിൽക്കുന്നു നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സുഷുപ്തി ജഡത്തിനെയും സ്വപ്നജടത്തിനെയും ജാഗ്രജത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു സൂര്യൻ അതിന് പുറകിലുണ്ട് ആത്മാവാകുന്ന സൂര്യൻ ഞാനാകുന്ന സൂര്യൻ യഥാർത്ഥ സ്വരൂപമാകുന്ന സൂര്യൻ ആ സൂര്യനാണ് ഞാൻ ആ സൂര്യൻ ഇടയ്ക്കിടയ്ക്ക് പുറമേക്ക് വരുന്നു ജാഗ്രത ഇടയിൽ കൂടെ വരും സ്വപ്നത്തിന്റെ ഇടക്കൂടെ വരും സുഷുപ്തിയുടെ ഇടക്കൂടെ വരും ഇനി കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ജീവിതത്തിൽ സഹിക്കവയ്യാത്ത ഒരു ശോകം ആ ശോകം ഒന്ന് കൊറേ ദിവസം നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ മനസ്സ് മുഴുവൻ ഏകാഗ്രമാണ് അതിൽ തന്നെ അത് കഴിഞ്ഞ് ആ ശോകം വിട്ടുമാറി എപ്പോഴും ഒരു വികാരവും ശാശ്വതമായി നിൽക്കില്ലല്ലോ ആ വികാരം ഒന്ന് പോയി കഴിഞ്ഞിട്ട് ഒരു ദിവസമെങ്കിലും നമ്മൾ ഒരു അനിർവചനീയമായ ഒരു നിർവൃത്തി അനുഭവിക്കും ആ നിർവൃത്തി എവിടെ വന്നു എവിടുന്നു വന്നു വെച്ചാൽ ഒരു പറ്റം വികാരം അങ്ങോട്ട് ഒഴുകിപ്പോയി അടുത്തപറ്റം വികാരം വരുന്നതിന്റെ നടുവിലെ ഉജൃംഭതേ ഉള്ളിലുള്ള വസ്തു അങ്ങനെ പുറമേക്ക് അങ്ങോട്ട് വന്നു നമ്മളുടെ യഥാർത്ഥതായിട്ടുള്ളത് നമ്മൾ ഒന്ന് കണ്ടു ഉള്ളൂ അല്ലാതെ പുറത്തുനിന്ന് എവിടെ വന്ന നിർവൃത്തിയല്ല അതേപോലെ തന്നെ ആനന്ദം ഡിപ്രഷൻ എല്ലാം എല്ലാ വികാരങ്ങൾക്കും ഇടയിൽ കൂടെ ഇതിങ്ങനെ ഉജൃംഭണം തല വെളിയിൽ കിടും സ്വപ്ന സുഷുപ്തിജം അത് എന്നിൽ മാത്രമല്ല എല്ലാ പ്രാണികളിലും അതാണ് ബ്രഹ്മാതി പിതൂ സകല പേരുടെ ഉള്ളിലും ചണ്ടാളന്റെ ഉള്ളിലും നായുടെ ഉള്ളിലും പൂച്ചയുടെ ഉള്ളിലും സകല പ്രാണികളുടെ ഉള്ളിലും അത് തന്നെ നിൽക്കുന്നു എന്റെ ഉള്ളിൽ ഏതോന്നിങ്ങനെ ഇടക്കിടയ്ക്ക് തലപ്പുറത്തേക്കിടുന്നു ആ പരമപൂർണ വസ്തു ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള പ്രാണികളിൽ നിൽക്കുന്നു ജഗത് സാക്ഷിനി കാണുന്ന പ്രപഞ്ചത്തിന് മുഴുവൻ അത് സാക്ഷിയായിട്ട് നിൽക്കുന്നു അതിനെ ധ്യാനം കൊണ്ട് ആത്മവിചാരം കൊണ്ട് ആ സത്യത്തിനെ ഉള്ളിൽ തെളിച്ചെടുത്താൽ സൈവാഹം നച്ച ദൃശ്യവസ്തു അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം ആ ഞാൻ അല്ലാതെ ഈ ഇരുട്ട് ഞാനല്ല സ്വപ്നവും ഞാനല്ല ഈ ജഡമായ ശരീരവും ഞാനല്ല സുഷുപ്തി ജാഗ്രത് സ്വപ്നം മൂന്നും ഞാനല്ല ഇതിനെ മൂന്നിനും ആരാതെ നിൽക്കുന്ന തുരിയ ചൈതന്യമാണ് ഞാൻ ആ സച്ചിത്സുഖസ്വരൂപമായ നിശ്ചലമായ ഉജ്വലമായ ആ ശിവം നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായ പൂർണ്ണം ബ്രഹ്മ അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ആരറിഞ്ഞിരിക്കുന്നുവോ അവൻ ആരോറപ്പായ അറിഞ്ഞിരിക്കുന്നു അവൻ ജീവൻ മുക്തനാണ് അവൻ ജ്ഞാനിയാണ് അവൻ ഋഷിയാണ് അവൻ തന്നെ അവതാര പുരുഷൻ അവൻ തന്നെ എല്ലാം അങ്ങനെ അറിഞ്ഞവനാണ് ഗുരുസ്ഥാനത്തിന് യോഗ്യൻ നമ്മൾക്ക് ഗുരു എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ ഗു എന്ന് വെച്ചാൽ അന്ധകാരം എന്നാണ് അതായത് അജ്ഞാനം രു എന്ന് വെച്ചാൽ അന്ധകാരത്തിനെ നീക്കുക എന്നാണ് ഗൂശബ്ദസ്തു അന്ധകാര സാത് റൂശബ്ദസ്തൻ നിരോധക അന്ധകാരനിരോധിത്വാ ഗുരുരിത്യഭിധീയത എന്നാണ് അന്ധകാരത്തിനെ നീക്കുന്നവനാണ് ഗുരു അപ്പോ നമ്മളുടെ ഉള്ളിലുള്ള അന്ധകാരം നീങ്ങണമെങ്കിൽ ഈ പറയുന്ന ആൾ നമ്മളെ സമീപിക്കുന്ന ആൾ അന്ധകാരമില്ലാത്തവനായിരിക്കണം അവനെ വെളിച്ചമായിരിക്കണം അല്ലേ വെളിച്ചമയ സ്വരൂപമായി ഗുരുവിന്റെ അടുത്ത് നമ്മളുടെ അന്ധകാരത്തിനെ കാണിക്കാൻ പോലും നമുക്ക് പറ്റില്ല അതാണ് മുരുകാർ സ്വാമികൾ രമണ മഹർഷിയെ കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് നമ്മളുടെ അജ്ഞാനവും നമ്മളുടെ കുറവുകളും ഒക്കെ കാണിക്കണം എന്ന് പറഞ്ഞു പോണത് രാത്രിക്ക് സൂര്യനെ കാണാനുള്ള ആഗ്രഹം പോലെയാണ് എന്നാണ് രാത്രി ദേവത വിചാരിച്ചു എത്ര എനിക്കൊന്നും സൂര്യനെ കാണണമെന്ന് പറ്റുമോ അല്ലെങ്കിൽ സൂര്യൻ്റെ അടുത്ത് പറയുകയാണ് പോയിട്ട് സൂര്യനെ സൂര്യഭഗവാനെ നിങ്ങൾ പോകരുത് നിങ്ങൾ പോയാൽ ദിവസം ആറേ മുക്കാലാവുമ്പോൾ ഇരുട്ട് വരുന്നു അതുകൊണ്ട് നാളെ ആറേ അമ്പതിന് പോയാൽ മതി ഈ ഇരുട്ടിനെ ഒന്ന് കണ്ടിട്ട് പോവാം എന്ന് വെച്ചാൽ ഇരുട്ട് നിൽക്കുമോ സൂര്യൻ നിൽക്കുമ്പോൾ ഇരുട്ട് നിൽക്കുവോ സൂര്യൻ രാത്രി മുഴുവൻ ഇരുട്ട് കാണാമെന്നാൽ രാത്രി മുഴുവൻ പകലാവും അതേപോലെ ജ്ഞാനം ആരിൽ പ്രകാശിച്ചിരിക്കുന്നു അയാളുടെ സന്നിധിയിലെ അജ്ഞാനം നിൽക്കില്ല അപ്പോൾ അങ്ങനെയുള്ളവൻ ഏത് ജാതി എവിടെപ്പെട്ടവൻ ഏത് മൃഗമായാലും വേണ്ടില്ല എന്ത് ജന്തു ആയാലും വേണ്ടില്ല എവിടെ ജ്ഞാനപ്രകാശമുണ്ടോ അതിനെ ഗുരുവായിട്ട് സ്വീകരിക്കുകയാണ് ഈ ഗുരുതത്വം എന്നുള്ളത് അദ്ഭുതമാണ് അത് വ്യക്തിയെ അല്ല ചിലപ്പോൾ കല്ലും മണ്ണും ഒക്കെ ഗുരുവാം അത്ഭുതമായ ഈ ജ്ഞാനം നമുക്ക് പ്രകാശിപ്പിക്കാൻ ശക്തിയുള്ള അചരപദാർത്ഥങ്ങൾ പോലും ലോകത്തിലുണ്ട് രമണ മഹർഷിക്ക് ആ അരുണാചലം ആ പർവ്വതം തന്നെയായിരുന്നു ഗുരു അരുണാചല അക്ഷരമണമാലയില് അവിടിയേ നാം പാടിയിരിക്ക ഗുണമായി പണിത്താൾ ഗുരു ഗുരുവായി ഒളിർ അരുണാചല എന്റെ കുറ്റവും എന്റെ അജ്ഞാനം നീക്കി എനിക്ക് ആത്മപ്രകാശം അരുണാചലത്തിൽ നിന്ന് കിട്ടിയതാണ് അപ്പൊ ഗുരു എന്നുള്ളത് വ്യക്തിയല്ല ഏത് സന്നിധിയിൽ നമ്മളുടെ അജ്ഞാനം നീങ്ങണോ അതാണ് ഗുരു അപ്പോ അജ്ഞാനം നീങ്ങിയ സന്നിധിയെ ആശ്രയിക്കണം ഈ പഞ്ച ഈ അരുണ പഞ്ചകം മനീഷാ പഞ്ചകത്തിനെ നമ്മളിപ്പോൾ ആ കഥയൊക്കെ വിട്ടാലും അതിന്റെ പൊരുൾ എന്താണ് എന്ന് വെച്ചാൽ ഗുരുവിന്റെ ലക്ഷണവുമാണ് പറയണത് അല്ലാതെ വേറെ ഒന്നുമല്ല ഈ അഞ്ച് ശ്ലോകം കൊണ്ട് ഗുരുവിന്റെ ലക്ഷണമാണ് ആരാണോ നമ്മളുടെ ഉള്ളിലുള്ള അജ്ഞാനത്തിനെ നീക്കാൻ കെൽപ്പുള്ള ആള് അങ്ങനെ ഉള്ള ആള് ഗുരു അയാൾ ഏത് ജാതിയിൽ പെട്ടവനോ എവിടെപ്പെട്ടവനോ ആയിരിക്കട്ടെ എങ്ങനെയുള്ളവനായി ആരാണോ ആത്മതത്വം അതും വ്യക്തമായിട്ട് പറഞ്ഞു ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ഒക്കെ അപ്പുറമുള്ള സത്യത്തിനെ ഉറച്ചിരിക്കുന്നവനെ സമീപിക്കാം അങ്ങനെയുള്ളവൻ ചണ്ടാളോസ്തു അവൻ ചണ്ടാളനാവട്ടെ ദ്വിജോസ്തു ബ്രാഹ്മണനാവട്ടെ ഗുരുഹു ഇത് ഏഷാം മനീഷാ മമാ അങ്ങനെയുള്ളവൻ എനിക്ക് ഗുരുവാണ് എന്നുള്ളത് ഉറപ്പായ അനുഭവം അങ്ങനെയുള്ള ആളുടെ വേറെ ഒരു വിശേഷണം എന്താ അയാൾക്കെല്ലാം ബ്രഹ്മമാണ് അതാണ് അടുത്ത ശ്ലോകത്തിൽ ഇനി പറയാൻ പാടുന്നത് അയാൾക്ക് താൻ ഗുരുവാണെന്നുള്ള ഭാവം ഉണ്ടാവില്ല അതാണ് ഒരു ഒരു പാരഡോക്സ് ഇതിലും എന്താണെന്ന് വെച്ചാൽ നമുക്കൊരാൾ ഗുരുവാണ് അദ്ദേഹം ജ്ഞാനിയായിരിക്കണം പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് അങ്ങ് എനിക്ക് ഗുരുവാണ് ഞാൻ ശിഷ്യനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും എനിക്ക് ഗുരുവുമില്ല ശിഷ്യനുമില്ല എല്ലാം ഒരേ വസ്തുവാണെന്ന് പറയും ശിഷ്യന്റെ ഭാവത്തിൽ നിന്ന് വേണമെങ്കിൽ ഒരു ജ്ഞാനിയെ ഗുരു എന്ന് കരുതാം പക്ഷെ ജ്ഞാനിയുടെ ഭാവത്തിൽ നിന്ന് ഒരിക്കലും അദ്ദേഹത്തിന് ആരും ശിഷ്യന്മാരും ഉണ്ടാവില്ല അദ്ദേഹം ഗുരുവുമായിരിക്കില്ല അങ്ങനെ ആരെങ്കിലും ഒരാള് ഞാൻ ഗുരുവാണ് നിങ്ങളെ ഞാൻ ശിഷ്യനായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ പോയി കുടുങ്ങരുത് എന്നാണ് രാമകൃഷ്ണ പരമവംസര് പറയും പോക്കാച്ചിത്തവള നേർക്കോലി പാമ്പിന്റെ വായിൽ കുടുങ്ങിയ പോലെ ആയി പോകുന്നു വലിയ തവള നേർക്കോലി പാമ്പിന്റെ വായിൽ കുടുങ്ങിയാൽ ഈ പാമ്പിന് തവളയെ വിഴുങ്ങാനും പറ്റില്ല തവളക്ക് വായിന്ന് പുറത്ത് ചാടാനും പറ്റില്ല രണ്ടും കൂടെ വിഷമിക്കും അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഞാൻ ഗുരുവാണ് നിങ്ങൾ എന്റെ ശിഷ്യനാവും ഞാൻ നിങ്ങൾക്ക് ഉപദേശമൊക്കെ തരാം എന്ന് പറഞ്ഞ് പിടിച്ചു രണ്ടുപേരും വിഷമിക്കും ഒരിക്കലും ഒരു വ്യക്തി ആർക്കും ഗുരുവാൻ പറ്റില്ല ഭാഗവിതത്തിൽ മധ്യാവതാര സ്തുതിയിൽ പറയുന്നു വ്യക്തി ആർക്കും ഗുരുവാൻ പറ്റില്ല പക്ഷെ വ്യക്തിയിലൂടെ ഗുരുതത്വം പ്രകാശിക്കാം അതെപ്പോ പ്രകാശിക്കും ആ വ്യക്തി വ്യക്തിയെ അല്ലാതായിട്ട് തീരണം ഒരു കുമളയുടെ ഉള്ളിൽ ആകാശം കാണപ്പെടുന്ന പോലെ ചിലപ്പോ ചില വ്യക്തികളിലൂടെ അനന്തമായ പൂർണ്ണ വസ്തു പ്രകാശിക്കും അനന്തമായ പൂർണ്ണ വസ്തുവിന്റെ പ്രകാശമാണ് ഗുരുതത്വ എന്ന് പറയുന്നത് അത് തത്വമാണെന്ന് അറിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനും ഇല്ല പിന്നെ ഷണ്ടയൊന്നും ഉണ്ടാവില്ല എന്റെ ഗുരു അവരുടെ ഗുരു ഈ ഗുരു വേറെ ആ ഗുരു മേലെ ഇതൊന്നും ഈ വിവരക്കേടൊന്നും ഉണ്ടാവില്ല ഗുരു ഒരു ഗുരുവേ ഉള്ളൂ അനേക ഗുരുക്കന്മാരില്ലേ ഒരേ ഒരു ഗുരു അത് തത്വമാണ് ആ ഗുരുതത്വം ചില വ്യക്തികളിലൂടെ പ്രകാശിക്കും അത്രേ ഉള്ളൂ ഒരേ ഒരു ഗുരുതത്വവും അപ്പോൾ ആ തത്വം ആരിലൂടെ പ്രകാശിക്കുന്നു അവന്റെ ശരീരം ഏത് യോനിയിൽ ജനിച്ചതാണെങ്കിലും ശരി ചണ്ടാളനാണെങ്കിലും ബ്രാഹ്മണനാണെങ്കിലും എനിക്ക് ഗുരുവാണ് ഇതാണ് ആദ്യത്തെ ശ്ലോകം അടുത്ത ശ്ലോകം നാളെ കാണാം യഥോ മമാത്മാഭവസിത്വമേവ്യം യഥാ തവ ഇഷ്ടം കുരുമാം താം ആത്മനാഥം